കർബിനുള്ള നായ മണ്ണിലേക്ക് ചേർക്കപ്പെട്ടത് അത് തന്നെ അറിയൻ ഭൂമിയിലേക്ക് ചേർക്കപ്പെട്ടത് മോന്നിട്ട് നിറഞ്ഞത് കർബിനെ തന്നെ മണ്ണെങ്കിൽ നാല് താഴെ തോരൻ കെട്ടെന്ന് പറയും അതിലേക്ക് ചേർക്കപ്പെട്ടത്മാണിയാ സമാധിയെൽ നൂറാനിയെ ഓഹാനി അതിലെ പോക്ക അങ്ങനെയാണ് കഥാപത് മാഗിരി അപ്പൊ മാഗിരി അതുകൊണ്ടാണ് മനുഷ്യ ഒരുപാട് കുമ്പത്തുണ്ട് പറമീയ്യ കുമ്പത്ത് ഹാമിമ മൂവത്ത് ദാഫിയ ഇങ്ങനെ പഴയ പൂവത്തു പിരിയാ എന്ന് പറഞ്ഞാൽ വിയർപ്പ് പിന്ന ശ്വാസം മൊയം വായു മനം മക്കളൊക്കെ തള്ളിക്കളയുന്ന നിസർജ വസ്തുക്കളൊക്കെ തള്ളിക്കളയുന്ന പൂക്കൾ കൂവത്ത് ദാഫിയ എന്ന് പറയും സാധനം അകത്തേക്കിട്ടുമ്പോൾ ദഹിച്ചിട്ട് എന്താ ഞാൻ ഞാനേക്കല്ലെത്തുന്നു ആ ദഹിക്കില്ല എന്താ പറയും കൂവത്ത് ഹാവി മാറയും അതിങ്ങനെ ഭരിക്കുമ്പോൾ കൂവത്ത് ജാതിമാണെന്ന് പറയും ഒരു കാര്യം തിരിയലുണ്ടായ പൂവത്ത് പാഹിമാണെന്ന് പറയും കുമ്പത്ത് ഹാപ്പിതാന്ന് ഓർമ്മിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് കൂവത്തുകൾ കൂടിക്കൊണ്ടാണ് മനുഷ്യന്റെ ശരീരങ്ങൾ വർക്കീന്ന് എന്തെല്ലാം ടൂറ്റിയാണോ തോന്നുന്നു എല്ലാം നടക്കണ്ടെ ആ മൊത്തത്തിലെന്താ കപ്പൽ ബഷരീരെന്ന് പറയും മനുഷ്യനേക്കുള്ള നകൊണ്ടിരിക്കുന്ന ആ കുവത്തിന്റെ തെയിൽ പൂവ് അതുമായി ബന്ധപ്പെട്ട കൊണ്ട ഈ കഥാപത്തുകൂടി ഇതൊക്കെ നിയന്ത്രിക്കേണ്ട രൂപകൾ ഡബിൾ പണിയല്ലേ കൊടുക്കണ്ട ചെറിയുടെ നിയന്ത്രി ഇയാക്കണ്ടേ ഒരു കാറ് ഡ്രൈവർ കളിക്കുമ്പോൾ ഇഞ്ചിനുകളിലൊക്കെ നെടുപാടകൾ കേൾക്കണം മണ്ണി അടിക്കണം പത്രിക്കണം അതാക്കണം കഴുകണം തുടക്കണം യാത്രക്കാർ സുഗമമായി രസിക്കുകയും പോകണം ട്രാഫിക് വായിക്കുകയും പോകണം യാത്രക്കാർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല വണ്ടിക്കും ശല്യം ഉണ്ടാകാൻ പാടില്ല ഡബിൾ ദുഃഖിയല്ലേ അപ്പൊ തക്കാറത്തു വന്നു ابى وصراط الوالقافه ومات القافه علي مبادحه الملکوطيات الروحيه والربانيه غدا روحانيه يا ربانيه اولبيه ملکوطيات ليكن چهرا جاي اثرن جبتيت اور بار القافه تو ابو ڈبل تو فعلى قبل مبادحته رها ومقابلهه انك تث عليه سئه وانوارها ഈ കൽവിന്റെ മുവാചത്തിന്റെ കണക്കനുസരിച്ച് എന്തിനോട് ലഹ ഈ മലക്കൂത്തിയാത്തിരിക്കും അങ്ങോട്ടേക്ക് എത്ര ഉപാചത്തിണ്ടോ അത്ര കണ്ടെത്തും ലത്താപത്ത് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇങ്ങോട്ട് എത്രത്തോളം തിരിഞ്ഞോ ഇത്രയുണ്ട് കത്താപത്തും പുരുമുഖത്തും തോന്നിക്കൊണ്ടേക്കും മുക്കാബലത്ത് ചെയ്യ അതിനോടൊക്കെ എത്ര മുക്കാബലയാകുന്നത് അത്രയത് അൻവാര്യ മലക്കോർത്തിയാത്തിനുള്ള അൺവാടുകൾ ഇതിലേക്കും ഇങ്ങനെ പതിഞ്ഞുകൊണ്ടേ അസറാറിഹി ബിഹൽ ഈ കല്ലിന്റെ ഉള്ളഭാഗുണ്ടല്ലോ അസറ അതിലേക്ക് തജില്ലിയാകുംഹ ഇതിന്റെ മലക്കോർത്തിയാത്തിന്റെ അസറാറി ഇതിലേക്ക് ഇങ്ങനെ തജില്ലിയായിക്കൊണ്ടേരിക്കും ഇങ്ങനത്തെ അദ്ദേഹം തന്നെ അപ്പോൾ അത് മലക്കോസിയാത്തിന് വാ ഉപയോഗിച്ചുകൊണ്ട് ഏതെ അല്ലെ അത് മുകളിൽ നിന്നിന്റെ കൽവിലേക്ക് ജനിക്കപ്പെട്ട ഈ നോ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ഇങ്ങനെ കാണാൻ അങ്ങനെ കോശ ചോക്കിയു എല്ലാം കാണാൻ വാഹാ അതിന് ഇതറാസും കൽവിലേക്ക് അവിടെ വഴിഭാഗ്യപ്പെട്ട അത്ര ചെയ്യുകയും ചെയ്യും ഒരവസ്ഥ മഹാദമായ മുഖാബിലെന്ന് പറഞ്ഞ സത്യന്നെല്ലാം പറഞ്ഞത് മുഖാബുലും പറഞ്ഞത് അതിന്റെ അർത്ഥം അപ്പൊ അപ്പോ മഹബോബിന്റെ ജമാലിയുടെ സുഹൂതാകുകയാണ് എവിടെ കൽബാകുന്ന മഹബോബെന്നു െപ്പിടിച്ച് നമ്മൾ കണ്ണാടിയുടെ വെക്ക് സൂര്യനെ കണ്ണാടി നോക്കും ബേക്കറി വന്ന വണ്ടി മുമ്പിലുള്ള കണ്ണാടി ഡ്രൈവർമാർ കാണില്ലേ അത് ഇവിടെ കണ്ണാടി വെച്ചിട്ട് അല്ല പേര് വണ്ടി എഴുതുന്നുണ്ട് വണ്ടി കേട്ടും പാറണ്ട എഴുതുന്നുണ്ട പോ കാണും ഇതേമാതിരി അങ്ങനെ ഉണ്ടാക്കിയത് പ്രകാശ് അടിച്ചു വെച്ചിട്ട് ഇരക്കൂടി ഇവിടെ കാണുന്നു കാണും അത് കൊണ്ട് ഈ കണ്ണാടി കാണപ്പെട്ട സാധനം ഉണ്ടായിട്ടില്ല ഇനി ഹൈറാക്കിയിട്ടില്ല വളച്ചു കെട്ടിയിട്ടില്ല എന്ന ഒരു ഭാഗം പോലും തടഞ്ഞു വെച്ചിട്ടില്ല കുടുക്കിയിട്ടില്ല ഇപ്പു സാലല്ല എനിക്ക് സാലല്ലോ ഒന്നുമില്ലാണ്ട് വന്നതാ ദേഷ്യം പോലെ ഒന്നും മുടിയും പോയി ബാസിരിയായ കണ്ണുകൊണ്ടല്ലേ അപ്പൊ ബഹുവാ ഇതിനെ പറ്റി മിസാലി നമ്മുടെ മിസാലി കമീർ ആ ഒരു കണ്ണാടി പോലെ കമർഅല്ലാ കമീർ ആസിൻ ഒരു കണ്ണാടി ലഹാ കണ്ണാടി കൊണ്ട് വധുനാണ് രണ്ട് വധു കണ്ട് ാണ് മുതലി ആണ് കണ്ണാടി കണ്ണാടി പോളീസ് എടുത്തിട്ടുണ്ടോ ഈ പോളീസ് ഇങ്ങനെ തിരിച്ചു പിടിച്ചാണെങ്കിൽ നോക്കിയും കാണുമോ ഇവിടെ ഇപ്പൊ തിരിച്ചു കൊടുക്കുമ്പോൾ മേസിലെ കാണും ഈ പോളീസ് ഇല്ലാത്ത രീതിയിലെങ്കിലും മുതലാണെങ്കിലും ഒന്നും കാണുകയും ചെയ്യില്ല ഇതിനെക്കുറി അപര്ത്തി എന്താ ഇവിടെ ഒളിന്നെ പോലീസിയുടെ നേശയതിനു ശേഷം ഇപ്പൊ നോക്കുമ്പോഴേക്കാണ് ഈ പ്രതിയുമ്പോൾ ഒരു ദിവസം വേണ്ട പോലീസ് എങ്ങനെ ചിരണ്ടിങ്ങൾ അറിഞ്ഞാലോ അതാഫിന് അന്റെ പുറം ലാഹരാണ് മുതിരിമാതിരി ആണ് കത്തിച്ചിരിക്കുന്നത് ഈ കണ്ണാടിയോട് വല്ല കായിനാസുകൾ ഇങ്ങനെ നേരഭിമുഖമായി പിടിച്ചാൽ മാലഹ മാ കബലഹ എന്നല്ല മാലഹ അതിനോട് മുക്കാബല ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം സാധനം മുക്കാബല ചെയ്തോ ആ ചറീറാവട്ടെ കബീറാവട്ടെ ചെറിയ വലിയ എന്ത് സാധനം ആവട്ടെ ആ അകത്ത് ഓലി കണ്ണാ അടിയവിനെ തിരിച്ച് കണ്ടു കൊടുക്കുന്നുണ്ട് എങ്ങനെ ഈ ഇതിന് അഭിമുഖമായി വെച്ച സാധനം എന്താണോ അതിന്റെ അതേ കോപ്പിയിൽ അതേ വിത്തലോട് കൂടി തിരിച്ചു നമ്മൾ കണ്ണടി നോക്കി തിരിച്ചു നോക്കി കേട്ട അതിനോട് ചിരിക്കുന്നുണ്ടോ എഴുതി നോക്കുമ്പോ അതും പൊരു രണ്ടെല്ലോ കാണിച്ചത് നോക്ക് പിന്നാലാക്കി മണി ഏതോടെ മായ് സല ചെറുമു കണ്ണാടി വലിപ്പത്തിലാണ് വളരെ ചെറുത് എന്നാൽ ഈ നോക്കപ്പെടുന്ന സാധനം ഹാൻഡ് ആയിട്ടുണ്ടോ നോക്കിയിട്ടൊന്നും മൊത്തത്തിലായിട്ടുണ്ടോ മുത്തത്തിലായിട്ടുണ്ടോ ഒന്നും അറിയില്ല രണ്ടു അധികം ഇല്ല ആദ്യം അത് കാണപ്പെടുന്ന സാധനം എത്ര വരുത്താൻ ഓരോ കാന ജനകൻ അത് ഒറ്റകായാലും ശരി ഔജലൻ അല്ലെങ്കിൽ പുറവ് കായാലും ശരി രണ്ടും കണ്ണടിക്കാൻ ജബലാലിക് ജവലാലിത് ജബല് ചെറുതിന് വിത്താല് ജബല് ബെന്തിനു വിത്താലി ആറസ് കണ്ണാടി കാണിച്ചു കൊടുക്കും ആ കാണപ്പെടുന്ന സാധനത്തിന്റെ മുഴുവൻ ചുസിനും കണ്ണാടി കാണിച്ചുകൊടുക്കും ഈ കാണപ്പെടുന്ന സാധനം അതിന് ഹൈലൈറ്റ് ഇല്ലല്ലോ കണ്ണാടിയിലേക്ക് ഹൈലൈറ്റ് ഇണ്ട ഇത്തിസേ മുത്തശ്ശിലല്ല മുത്തശ്ശിലാണെങ്കിൽ ആ കണ്ണാടിക്ക് ഒരു അടി അടി കിട്ടണ അടി കിട്ടണമായിരുന്നു അപ്പൊ കണ്ണാടി താപത്തിൽ പൊളിച്ചു കളഞ്ഞാലും ഈ കാണപ്പെട്ട സാധനത്തിന് ഒരി വിശ്വസിക്കില്ല മൊത്തത്തിലെ ആ സാധനത്തിന് എന്തെങ്കിലും കൊട്ടം പറ്റിയാലോ ഒടിയും കൊട്ടം പറ്റണോ പറ്റുന്നില്ല ഒന്നും അറുന്നില്ല കണ്ണാടിപ്പെട്ട ഒളി ഷൈ ഒരു സ്ഥലം പിടിച്ചെടുത്തിട്ടില്ല അതിന്റെ മൂലക്കാണോ വെള്ളക്കാർ നടുവലാണോ ഇതിനനുസരിച്ച് നിൽക്കാനുള്ള സ്ഥലം സ്ഥലം പിടിച്ചെടുത്തില്ലേ നിങ്ങൾക്ക് എത്രയാണോ ഏഴിയത് ആ ഏഴിയത് പിടിച്ചെടുക്കുന്നില്ല വരണ്ട് അതൊന്നും അല്ല മൂപ്പ് പറഞ്ഞെടുക്കുന്നുണ്ട് മനസ്സിലായിപ്പോൾ കൽബിലേക്ക് തജല്ലിയായാൽ കൽബിന്റെ അണ്ണോണ്ട് ബാഹ്യ കണ്ണുണ്ടെന്നെല്ലാവരും കൽബി ആയ കണ്ണുണ്ട് അതാ ബസീറത്ത് എന്ന് പറയും വല ജതിലി ബി മസരി മസيره അവന മസيره തന്ന ആ ബസദുകൊണ്ട് അനെ ആയതൻ തന്നെ അവനെ കഞ്ഞിന്താകും അതിനെ ശീകിക്ക് മിൻ ഹൈരി ഹുദൂർ ഉദൻ ഖൽബിലേകതില്ല ഹുലൂൽ ഇല്ല ഖൽബിൻ സരമ്പുചതില്ല മുത്തസലാഹതില്ല ഉംബസലൊന്നല്ല ഇതാണ് ആരെ വന്നെ ഇസ്മിഹി സല്ലല്ലാഹു അലൈഹി വസതി വൗന മിൻ ഹാദൽ മിഥാ ഇദിനാ കാണ അണ്ട മിഥാ ഞാൻ പറഞ്ഞുയാ ആരെ വന്നെ ചാരി ما اشرحه في هذه اللبيات ثلاثا بعد البيوت نويكو اطلب لي يبريا ونما تجلبا قوبتكما واشهانيذا كل جانا بل محمد عبد ربنا لاكن تاوا طال حتى تيقلت أنني أراه بحيدي جارة لا تبقوما وفي كل حال أجد له ولم يدل على قوض قلبي هيدو كنته قلما مَا هُوَ فِي وَصِيدٍ بِمُتَذَلٍّ وَلَا دِيمُمَضِيرٍ عَنِّي وَحَاشَهُ مِنْهُ مَا وَمَا تَغْرَوْنَ مِثْلِي أَيُّ يُرِثَابِغَ دِلي وَأَيْنَ فَرَى مِنْ طَلْعَةِ الْبَدْرِ إِنَّمَا أُشَاهِدُهُ فِي سَقْبِ صِدْرِ فَأَجْتَلِ كَمَا لَمْ تَعَلَى إِزُّهُ أَيُّكَ السَّمَا ോ പക്ഷാരി വലിയ തോക്കിലന്നല്ലേ അതോ തതില്ലയായപ്പോൾ ആര് വൻ കൊഹിക്കും ഞാൻ ആരെയാണോ ഗ്രഹിക്കുന്നത് എന്റെ മഹാഭോബം ലാളമാരാണോ ായപ്പോ ഞാൻ തജലിയായി എന്റെ യോഗ്യത നോക്കിയിട്ടല്ല തട്ടോർ റഹ്മാൻ ഓന്റെ ഔതാരം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അന് അർഹനായിട്ടോ ഞാൻ തട്ടോർ റഹ്മാൻ തജല്ലിയായപ്പോ മാത്രമല്ല എനിക്ക് അവൻ സാഹിതാക്കി തന്നു ഇതിനെ ആ വന്നമാക്കപ്പെട്ട ജനാബിനെ എനിക്ക് സാഹിതാക്കി തന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ യക്കീനായ കണ്ണോണ്ട് തന്നെ കാണിട്ടുണ്ടെന്ന് തോന്നുന്നു ജഹുറത്തൻ അയ്യാണ് അത് സംശയമില്ലാണ്ട് കണ്ണോണ്ട് കാണുമ്പോ തന്നെ തോന്നി തലാ തവപ്പുമാർ വെറുപ്പിലുള്ള കാഴ്ചയല്ല എന്നാ അത്ര സ്പശമായിട്ട് ഇങ്ങനെ തജിന്റെ ഇങ്ങനെ സുഹൂതിരി ലയിക്കുന്നതാണ് اللا تاور يا حالي الذي يريد مقام التنن فلم ما تقلل وان يبوط كروما واشهى دليذا كل جنابر بمعمما تعراف لي حتى تقتنوا انني اراه بعيني جذا تن لا تبغوا അമ്മാണപ്പെട്ട സാഹിദിന്റെയും അതിനനുസരിച്ച് മുസന്നിഫിന്റെയും തജല്ല എനിക്ക് വെളിപ്പെട്ടപ്പോൾ തജില്ലിയായപ്പോൾ കണ്ടിരങ്ങനെ തൊലി നേരത്തെ കണ്ണാടി മുതാഹാരണം പറഞ്ഞില്ലേ ആരാ തജില്ലു ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവൻ അത് എങ്ങനെ തജില്ല ഈ എന്ന് പറഞ്ഞാൽ എന്നോട് ഔതാരം പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ എനിക്ക് അർഹതണ്ടായത് കൊണ്ടോ എന്റെ അതൊന്നുമുള്ളൊരു അനുഗ്രഹം ചെയ്തു മാത്രം മാത്രമല്ല വനമ്മ തെല്ലാനാണ് എനിക്ക് കാണിച്ചു തരികയും ചെയ്തു അല്ല സാഹിദാ ഇതിന്മാ ആദരണീയമായ ആ അവറത്തിനെ എനിക്ക് സുഹോദാക്കിത്തരികയും ചെയ്തപ്പോൾ എനിക്കെന്താക്കുന്നു പരിചയപ്പെടുത്തി തരിക അറപ്പ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അർജുന്നു നടല്ലോ അല്ലേ അറുള്ളപ്പറിയിച്ചു കൊടുത്ത് അലിമ അല്ലമ്മന്ന് പറഞ്ഞേ ത അല്ലമാന്ന് പറഞ്ഞ എന്താർഥം എലിമുണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ചു എന്ന് പറഞ്ഞ മാതി താരീ എനിക്കെന്താക്കി മാരിപ്പത്തെന്താ പടി പടിയാക്കി ആരീഫത്ത് വരാം ഇങ്ങനെ പരിചയപ്പെടുത്തി തിരിഞ്ഞോട്ടിരിക്കാം എത്ര വരെ എനിക്ക് നല്ല യക്കീനായതുവരെ എങ്ങനത്തെ യക്കീനിതന്നെ കാണുന്നുണ്ട് വാങ്ങി എത്രയല്ല ഉദ്ദേശിക്കുന്നു കമ്പിയായവണ് മസീറത്താവുന്നൊരു വണ്ണുണ്ടല്ലോ അതെങ്ങനെ കാണുന്നു ജഹുറത്തൻ അരണെന്നാഹോ ജഹുറത്തൻ എന്ന് പറഞ്ഞു അതിനമ്മ ജോലാത്ത ബഹുമാവും ബഹുമിലുള്ള കാഴ്ചയല്ല ഇത് ശരിയായ ഒപ്പി കുൽ നിഹാലിന്നജീ വലം ഞാൽ അജിത്തലി വലം ഞാൻ അനാ തോ കല് തലീ അവന്റെ ിച്ചോണ്ടിരിക്കസ്വദിക്കുന്നുണ്ടല്ലൂബു മാകുന്ന അവർ ആയിക്കൊണ്ടേയിരുന്നു അന തൂരി കൽബി എന്റെ കൽബാകുന്ന തൂര്സീനാന്റെ മേരില് കിന് എന്താകുന്ന തൂര്സീനാനോടാണ് ഒമിച്ച് എന്റെ തൂരി കൽബീനെന്താക്കി മൊശംപിഹിയെ മൊസമ്പത്താക്കി കൽബാകുന്ന തൂരന്റെ മേലെ യിക്കൊണ്ടേയിരുന്നു അപ്പൊ എന്റെ കൽബാഗുന്ന തൂറിന്റെ മേലെ ആയിക്കൊണ്ടിരുന്ന എത്തരത്തിൽ ഹൈ ട് പൊൻത്ത് മുക്കല്ലം ആ ഞാൻ അവിടെ മുക്കല്ലമായി മുൻ സലാബിനോട് സംസാരിച്ച ടൂറിസിനെല്ലാം ആ അതിനോട് കൂടെ തജ്ജിയാക്കി കൊണ്ട് പറയുന്നു അവിടെ മുക്കല്ലം ഞാനാ എന്റെ കൽബാഗുന്ന തൂർണ്ണം കൊണ്ടാണ് തജില്ല ആയത് എന്നാ പിന്നെ അവിടെ വെച്ചിട്ട് എന്റെ ഹാരി وَمَاهُمَا وَفِهِ وَسِلِي بِمُنْتَصِلِ لِنْجَعْنِ مَا ، لَوَسِلِ لِحَالَتِي لَنَّا своих منقضب وَلَا بِمُنْفَصِلِ النَّيَّ الإنَّسَّةُ تَنْفَصِلُ فَمُنْفَصِلُ فَأْلَّا ان لا ، ان يtekامها حانظا صغيرة nichts فَأُنْطَحَاهُ مَحْنُوبَاهَا الآلا تم ا추حية പരിശുദ്ധനാകുന്നു തൊട്ട് മുപ്പത്തിനാവെന്ന പരിശുദ്ധനാ എന്തോ അപ്പൊ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരല്ലേ അതോ തനി എന്നെ പോരാത്തവല് എന്ത് കഴിവാണുള്ളത് എന്ത് കഥലാണുള്ളത് എന്ത് സാധിക്കും അഞ്ഞിത്തനിഹി അതെന്ന് വിശദീകരിച്ചത് ചുറ്റി വിശദമായിട്ടെന്ന് അതിന്റെ മനസ്സിൽ മനസ്സിലാക്കി തരാൻ നമുക്ക് സാധിക്കൂലോ കാരണം ദൗക്കീചാരന്റെ കാര്യം എങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ കിട്ടാതാവൂലോ വായന തറ മിൻസൽ അറ്റിൽ ബദൽ എന്ന് പറയാ വായന തറ ഭൂമിയിലുള്ള മണ്ണ് ഇവിടെ കിടക്കുന്നു മിൻസൽ അറ്റിൽ ബദൽ പാല ലോകത്തിന്റെ തവണ മണ്ണുകൊണ്ട് കണ്ണട്ട് ഒപ്പിക്കാൻ സാധിക്കൂലല്ലോ എന്ന് പറഞ്ഞാൽ തറ ആരാന്ന് നൂപ്പുക ഭൂമിയിലുള്ള മണ്ണ് മണ്ണും കെട്ടാതിപ്പോ അടുത് തെറത്തു ഭദ്രു വന്നിട്ടി അതിലേക്കൊണ്ട് ചേർക്കട്ട് ഈ തറ എന്തിനു മതിയാവുമെന്ന് അത് പറഞ്ഞു തരാം പക്ഷെ അവരെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് അവരെ സിദ്ധു എന്ന് പറയുന്നത് വർത്തമാനക്ക് ശേഷം എണ്ണതും നഫ്സുകൾ പറയും അക്കലെന്ന് പറയും കമ്പ് എന്ന് പറയും ചെറു എന്ന് പറയും ടോറെന്ന് പറയും ആ ചെറുതാണ് എല്ലാ ആ ചിറന്റെ തപ്പുവിലാണ് ഞാൻ മുഷാഗീനത് കമാല അങ്ങനെ വലിയ ഒരു കമാലിനെ ഞാൻ ഉണ്ടാക്കുന്നു തജല്യായിട്ട് എനിക്ക് ആസ്വദിച്ചോദിക്കുക എനിക്ക് റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് മാൽ ഇസുഹു അവന്റെ ഇസ് ഉന്നലായിരിക്കുന്നു അഞ്ഞു കത്തമാൽ അത് കൊറേ കമാൽ അരുതിന്നും കൊറേ കമാൽ ഓലിക്കും അവിടെ കൊച്ചു കമാൽ ഇവിടെ കൊച്ചുകമാൽ ഇങ്ങനെ കമാൽ അല്ല ഒരു കമാൽ ആ എട്ടക്കമാൽ അരളിത്തരാക്കാതിരിക്കേയുള്ളൂ അള്ളാഹുത്താലും മാത്രം അത് കസ്യമാക്കപ്പെടൽ പ്രസിദ്ധമാകും അപ്പൊ ഓലി തന്നെ മനസ്സിലാർ സൈസു തന്ന യുദ്ധത്താൽ മുഖത്തമാവെന്ന തൊണ്ടിട്ട് അവൻ പുരുഷത്തിനാണ്ടോ അർത്ഥത്തിനൊന്നു അതിന് പറ്റിയ ഉദാഹരണം പറഞ്ഞ അവിടെയാണ് ഇതൊക്കെ ഇതിനാൽക്കാണോ ആവിഹാൻ ഉദാഹരണം എന്ന് ഞാൻ പറഞ്ഞുതരാൻ തോന്നില്ലേ കമാ അന്നിഹുധു വിഹുമതി ആകാശത്തിൽ ഉദിക്കുന്ന പൂർണ ചന്ദ്രൻ ഭതൃത്തി എന്താ സാറോ പ്രതി പോകുമോ അതിന്റെ മുഖം എവിടെ പ്രകാശിക്കുന്നത് ഏടാ ബിസഫി വധിയോ വെള്ളം കെട്ടി നിൽക്കുന്ന തടാകത്തിന് എന്താ പറയുക വധിയേ കുണ്ടല്ലുണ്ടാവില്ല വെള്ളം കെട്ടി നിൽക്കുന്നേ അവിടെ വെള്ളം തെളിഞ്ഞാലുണ്ടാകും ആഘാട്ടത്തിന്റെ ചമരൻ്റെ അടുത്ത മുഖ്യങ്ങനെ കാണിയിരുന്നുണ്ട് അതിന് ചമരാനുണ്ടല്ല മുപ്പത്തിൽ അല്ല ഒമ്പത്തിരോ അല്ല അവിടെ ഹാലിലോസു ഇല്ല ഒന്നുമില്ല ടഹീസ ഈ വെള്ളത്തിന്റെ സ്ഥലം പിടിച്ചെടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങട്ടെ അങ്ങനത്തൊന്നും അല്ലെങ്കിൽ പിന്നെ അത് കിട്ടുമെച്ച് കളിച്ചു നോക്കണ്ടേ അങ്ങനെയല്ല കളിച്ചണ്ട ഒന്നുമില്ലല്ലോ ബഹുബ ഈ ഭദ്രസിമ അവിടെയുള്ള ദിവസത്തെ ഒപ്പൊക്കി സ്റ്റം അതിന്റെ ഹാലത്തിന് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊഴങ്ങ് തെളിവുണ്ടാക്കാനാണ് ഈ കരുതുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രസോസ് ആരൊക്കെയുള്ള മനുഷ്യനേ ഉള്ളൂ എന്നാ പറയുന്നു അരക്കേ പോലുമില്ല മതി അതാ മനുഷ്യന്റെ പ്രത്യേകത ആ ിൽ കൊസോസിയത്ത ഈ പ്രത്യേകത ഇന്നമാഹിയ ലിപിനി ആദം മനുഷ്യന് മാത്രമേ ഉള്ളൂ മരക്കി മരക്കിലുണ്ടാവൂല എന്താ വൈന്നമാക്കാന കാലിക്ക മരക്കിന്നില്ലാതെ കണ്ട് മനുഷ്യന് മാത്രം ആദം കാണണം എന്താ ആ ലിമാക്കരണം നാമം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്നൽ ആദമോക്കും മനുഷ്യന് രണ്ട് ആരമത് അത് ആലമുൻ നാസൂത്താകുന്ന ബദലുണ്ട് ആടമുൽ മതക്കൂത്താകുന്ന ഊഹുണ്ട് അല്ലെങ്കിൽ ആലമൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞ കഥാപത്തോടെ ശരീരവും ഉണ്ട് ആ ലത്താപത്താകുന്ന ആരമ ഊഹീ അതും ഉണ്ട് ജസതാകുന്ന ഗുരുമാസവും ഉണ്ട് ഊഹാകുന്ന നൂറാണ്യത്വുണ്ട് ആരമുശാദത്താകുന്ന ഭദന ഉണ്ട് ആലമു ആലമ കൈബാറുണ്ട് ഇങ്ങനെ രണ്ട് ആലമ കൊണ്ടാണ് മനസ്സിന് പടക്കപ്പെട്ടത് അതായത് രണ്ടാല അൽ ലത്തീഫ് ഒന്ന് ലത്തീഫ് വുഹാനത്തിലേക്ക് നോക്കിയിട്ട് ഇസ്മാനിയത്തിലേക്ക് നോക്കിയിട്ട് അപ്പൊ കല്വപ്പി അപ്പൊ മനുഷ്യനിലുള്ള കല്ലിന്റെ അവസ്ഥ എന്താ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് മനസ്സിലത്തി നിർഹാ ഒരു കണ്ണാടിന്റെ മനസ്സിലെ പോലെ കണ്ണാടി രണ്ടു വസ്തു നേരത്തെ പറഞ്ഞിട്ടുണ്ട് കണ്ണാടി ട്രെയിന്റ് അടിച്ചിട്ട് കഥാപത്താക്കിട്ടുണ്ട് ഇപ്പറ നല്ല പോയി ചെയ്തിട്ട് നിൽക്കിയിട്ടുണ്ട് മറുപത്തേകളൊക്കെ കാണുക ഇൻവേകളൊക്കെ കാണുന്നുണ്ട് അപ്പൊ കഥാപത്തിന്റെ ബാധകം നോക്കിയാൽ ഒന്നും കാണുകയില്ല ലത്തീഫ ഈ ഭാഗം നോക്ക് അപ്പൊ മനുഷ്യനിലുള്ള കൽതണ്ടായി അതിറക്കപ്പെടും വിമാനത്തിനത്തിൽ നിർ ആ നിർആാറ്റിന മനസ്സിലേക്ക് ആ ഈ ലുസോഫിഹ നിർആാറ്റിനുണ്ടെന്ന് കഥാപത്തും ഉണ്ട് ഒരു കണ്ണാടിയിങ്ങനെടുത്ത് നോക്കിയാല് ഈ നോക്കിയാൽ താഴെ ഭാഗം എന്താണല്ലോ ലത്താപ്പത്തേ അതിന്റെ മറുവശം പെയിന്റ് അടുത്തി രസം എന്തോ പെയിന്റ് ഇല്ലേ തുറന്ന പെയിന്റാ അതിനെ കണ്ണാടിയിൽ ഉണ്ടായില്ലേ അപ്പൊ പതി ആരിക്ക ആ കണ്ണാടി ലത്താറാപ്പത്തും തത്താപ്പത്തും രണ്ടും കൂടെ കൂടിയ കാരണത്തിന് വേണ്ടി ഇന്തീഹ അതിൽ അതിന്റെ സൂഹത്ത് പതിയുന്നു മായൊക്കാവിരുഹ അതിനോട് മുക്കാബലിക്കുന്ന അഭിമുഖമായി നിൽക്കുന്ന സാധനം മേൾമർ ഈ അതി കാണപ്പെടുന്ന എന്തും മൊക്കാബലിയിൽ വെച്ചാൽ അതേ പൊതിയും എന്നാ വല കതാരിക്കലിൽ മലയ്ക്ക് മഴയ്ക്ക് നിപ്രകാരം ഇല്ല ഇതില്ല ലത്താഫത്തും കസാഫത്തിൽ രണ്ട് മിക്സിംഗ് ഇല്ല പിന്നെന്തേ ഉള്ളൂ പൈനും അസങ്ങൾക്കും ലത്തീപും പത്തും ലത്തീപ്പ് മാത്ര മഴ പെന്താവും അറിയോ നമ്മൾ സാധാ ഈ ഗ്ലാസ് വരെയും ഇതിന് നമ്മൾ മുഖം നോക്കി കാണുന്നില്ല മറുപട്ടത്തിൽ കഥാപത്ത് വെച്ചെങ്കിലും നോക്കിയേ കാണുള്ളൂ കമ്മളി ലത്താഫത്തേ ഉള്ളൂ കത്താപത്തിന് കാരണത്താൽ കമ്പിൾ ജീവൻ യെസ് ആയിരം മാത്രം ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് ശപ്പാഫായി ട്രാൻസ്പേരന്റ് ട്രാൻസ്പെരന്റ് പറഞ്ഞില്ലേ ശപ്പാഫത്ത് ഇല്ലേ കൊണ്ടൊക്കെ അപ്പുറത്തേക്ക് തറന്നു പോകുന്നു പ്രകാശം നടന്നു പോകാണല്ലോ അത് കണ്ണാടിയിലെ ടോർച്ചടിച്ചാൽ എന്താ അത് തിരിച്ചുവിട്ടരാൻ ഇങ്ങോട്ട് തർന്നുപോകില്ല അങ്ങോട്ട് തിരിച്ചു വരണ്ടാകും ഒരു ഭാഗത്തിൽ അത്താപ്പത്തുള്ളത് കൊണ്ട് തിരിച്ചുവിട്ടുന്നു ഈ സമരടിച്ചാ തിരിച്ചു വരില്ല അതുകൊണ്ട് കഥാപത്ത് മാത്രമായി പോയി ഇതിൽ കൂടി ടോർച്ചടിച്ചാലും പഠിച്ചപ്പുറത്തും കൂടി കടന്നങ്ങ എന്താ ലത്താപ്പത്ത് മാത്ര പോയി ലതാപത്തും കഥാപത്തും കൂടി മിക്സാക്കുമ്പോണ്ടാവും കടന്നുപോയി ജീവിത തിരിച്ചു ഇങ്ങോട്ട് വരികയും ചെയ്യും അതാണ് ഇനീ കാത്ത് പറയുന്നത് അപ്പലോക്കം അതാ പഹുവ അപ്പോ ഈ ലത്തീഫായ കസുജാലി ചാപത്തി ചപ്പാ പത്തായ പുറം പണങ്ക പോലെയായി മാറി ആ തല്ലോ നൂറാടി നൂറുണ്ടാക്കും തുളത്തിലപ്പുറത്തേക്ക് പോകും പല അത് അപ്പൊ അതുകൊണ്ട് കോടം കുടിക്കൂല മഴ അതിനോട് മുക്കാബിലിയായ സാധനം കോടം കുടിച്ചിരിക്കൂല അല്ലാത്തല്ലത് കൊണ്ടു തക്കപ്പൊപ്പതുകൊണ്ട് ആകെ സാധനം മൂന്നിപ്പ ഒന്നിട്ട് മെറും മെറും കത്തീഫ് അല്ലെ രണ്ടു മണി മിക്സിംഗ് ജമാദാസിന് എന്തെങ്കിലും വെറും കഥാപം തേറിപ്പോയി മലായിക്കത്തിന് മഹിമത്തിലേക്ക് കഥാപത്ത് എറിയിട്ടല്ല മലായിക്കത്തിന് മെറും കത്തിപ്പോയി അത് തടഞ്ഞു കൊടുക്കുകയും ചെയ്യൂല മനുഷ്യരിക്ക് രണ്ടും കൂടിയിട്ട അല്ലെ എങ്ങനത്തെ കത്ത് പാൻ ഗ്യാസ് കൊസ്തുക്കാബിനു ഹാ ആ അതിലേക്ക് മുക്കാബിനെ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അത് അക്സാഫ് വിരയുക അത് ഈ തിരിച്ചു തന്നെ ഒരു ടോർച്ചടിച്ച ഈ ടോർച്ചിന്റെ ഈ ഉള്ളിൽ അതേ തവിയും ഭംഗിച്ചു ഇങ്ങനെ പ്രകാശം അങ്ങോട്ട് ചെറിയ അതേ പ്രകാശങ്ങൾ ഇങ്ങോട്ടും ഉണ്ടാവും ഇതാണ് ചെറുതുള്ള ചെറുതിലാണെ ഏത് ലതാഫത്ത് കഥാഫ് മിക്സ് ആക്കിയിട്ട് ഒരു സാധനം മൂച്ച്പോട്ടാണ് കഥയിൽ ഇല്ലത് ഇന്താമുഹു ുംഫ്റ്റി ഹുൽകൃഷ്യുമായിട്ടാണ് ബന്ധം എന്ന് പറഞ്ഞു എന്നാ പിന്നെ ശരീരത്തിൽ എവിടെങ്കിലും അത് തടഞ്ഞു കിട്ടുന്നത് ഈ മൗനമായ ശരീരമാണ് ഇതിനാ തടസ്സം ഇതിന് പൊന്നാല് വികസിക്കാനൊന്നും കഴിയാതെ കൊണ്ട് തടസ്സമാക്കുന്ന ശരീരമാണ് അതുകൊണ്ട് വമിൻ ഇവിടെ നിന്ന് എന്താക്കണം ജീവിത ഇതിന്റെ പ്രയാണം ആരംഭിക്കേണ്ടതാണ് എന്നാ പറയുന്നത് അപ്പൊ ഈ ശരീരം എന്താക്കണം ഇതിന്റെ ലക്ഷ്യത്തിന്റെ മാത്രം ഉപയോഗപ്പെടുത്തണം ഈ ഓഹന്റെ താല്പര്യങ്ങൾക്കും അതിന്റെ ലക്ഷ്യത്തിനും വേണ്ടി മാത്രം എന്താക്കണം ഈ ജിസ്മാനത്തിന് ഉപയോഗപ്പെടുത്തുമ്പോഴല്ലേ ഇതിലൂടെ തൊഴിലുണ്ടായി കിട്ടുള്ളൂ അതിൽ ഇനി അല്ലെങ്കിൽ ഈ ശരീരം ഈ റോഹയോടെ തടഞ്ഞിട്ട് അഹ്സിലേക്ക് കുടുങ്ങിയിട്ടില്ല ഓടി പോകാനും പറയാനൊന്നും കയ്യിലല്ല അപ്പൊ ഈ ശാരീരികമായ അംഗങ്ങൾ മുഴുവനും ഉണ്ടാക്കാൻ ഇതിൽ ഉപയോഗപ്പെടുത്തണം ഇതിന്റെ ചഹബാത്തകൾ കംപ്ലീറ്റ് ഇതിൽ ഉപയോഗപ്പെടുത്തണം മബിൻ എന്ന് പറഞ്ഞ ഈ മോസോയിൽ നിന്നാണ് യുവത് ഇതിനെ തുല് മതത്തിള്ള ഇതിന്റെ പ്രയാണം നോയിന്റെ മഹാന അന്നയ്യ കൽമിറാത്തില്ലത്തിൽ മനുഷ്യൻ ഒരു മിറാത്ത പോലെയാണ് അല്ലത്തി മിൻഹൽത്തിര അതിന്റെ അടിഭാഗത്തിന്റെ ക്രീര എന്ന് പറഞ്ഞ പൂച്ചകത അതി ഒളിയ പാനോ ബഹുബാതായുഹുനും ഒതരം നമ്മളിവിടെ രസം പൂശെന്നറിയില്ലേ തിളങ്ങുന്ന അന്ന അല്ല അതിലാക്കപ്പെടുന്ന ആ അന്നാണ് തിര എന്ന് പറയുന്നത് വൻമല ഐക്ു മലക്കുകള കത്തിന്റെ മാതിരിയായി പക്ഷെ അതുകൊണ്ട് മലയറ്റത്തിന്റെ ഭക്ഷക ധനാർത്ഥിക്കറിയാൻ പട്ട ജമാനോടാക്കാൻ പറ്റൂല ലാറ്റിൻ എങ്കിലും വൻമല ഐക്യത്തു മലക്കുകള് ഷീം അക്കൂട്ടത്തിലുണ്ട് അപാസും അവാമും പലരുമുണ്ട് അവിടെ സ്ഥാനം സ്ഥാനമുള്ളതെന്ന് പക്ഷെ മനുഷ്യനിക്കുള്ള സ്വസൂക്കിയത്തില്ല എന്നാ വഫീഹും അക്കൂട്ടത്തിലുണ്ട് അല്ല ആരിഫീങ്ങൾ അത്ര മറും അത്രീഫത്തിൽ ഉള്ളവരുണ്ട് അതാമുഖം പലരുമുണ്ട് ഒന്നാമിഫിന്റെ കൗതി വമിന്ധുന യു ശരിക്കു പറഞ്ഞാൽ ആവർത്തിച്ചു പോയതാണ് ഇന്തഹ എന്ന് പറഞ്ഞിട്ട് ആരെ വരാമോ തീർന്നു इज्जत इन औद सलामे इज्जत येनंदोर्नु ले वामिनहुना युबतदअतुलो ओद तोडंगनाय इदि वहासलहु ओद परन दिसितो वकौलुहु इनहुना युबतदअतुलो ओना तोडंगंडी अवामिनहुना इज्जत तुर आवतर जड रड अदचरेदल्ली तेरा कट्टी गनितुंडु अमिनहुना युबतदअतुलो ने तरह तोडंगने नि मुंबंदु वाइताना वहासलहु अन्न नागमिय कल निर आदिन मुनना बक्रीका മലായിരുന്നുണ്ട് അല്ല അത്രമാരിപ്പത്തേതും ഉണ്ടാകുമല്ലോ അത്രമാരിപ്പത്തില്ലാത്ത മലയാക്കത്തില്ല എന്നല്ലേ മലയാക്കത്തിന്റെ ഇവൽ പറയുന്നത് അത് മത്സരിക്കുള്ള പ്രത്യേക അരിപ്പത്തിൽ ധരിച്ചിട്ടുണ്ട് ജസ്റ്റിനോട് ജിഹാദ് ചെയ്തിട്ട് ജിഹാദിന്റെ അപ്പുറമാക്കിയിട്ട് മലയാളത്തിന്റെയും അപ്പുറം ഉണ്ടാക്കും അരിപ്പത്തി അപ്പുറത്തുണ്ടല്ലോ മലായിക്കത്തിന്റെ നിശ്ചിതത്തിന്റെ ആളങ്ങടെ കഴിയൂടെ ഉണ്ടായിരുന്നു വേണ്ട അതിനു നമുക്ക് ജീവാദ് വേണം നമുക്കിവിടെ മകനുണ്ട് ഓർക്ക് തഥാപത്തില്ലല്ല ജിഹാദിന്റെ വാവിഷേ അല്ല ആണ് ജിഹാദിന്റെ മോള് ഓരോന്ന് പറയുമ്പോ മലായിക്കത്തിന്റെയും അപ്പൊ മനുഷ്യന്റെ ജിഹാദ് കൊണ്ടെത്തുന്നുണ്ടല്ലോ ജിഹാദ് ഇല്ലെങ്കിൽ മഹിമത്തിന് സാന്തിക്കുകയും ചെയ്യും മലിപ്പത്തൊന്നും ഇല്ലാണ്ട് ആ അതന്നെ ഏറ്റവും ചുരുങ്ങാ കക്രീതുകൊണ്ടുള്ള വാരിപ്പത്തെ വഹിക്കത്തിനെ വയ്ക്കാം ചക്രെയ്തുകൊണ്ടുള്ള വാരിപ്പത്തുണ്ട് പിന്നെ ദതറീച്ചത്തിന്റെ വാരിപ്പത്തുണ്ട് അതിന്റെ അപ്പതാണ് അമ്മയും ചർച്ച ചെയ്യുന്ന വരിപ്പതാവിനാസാര ദരീരും കൂടി വരിപ്പതാ നമ്മളമ്മ കണ്ണും ചർച്ച ചെയ്തെന്ന് പറഞ്ഞത് സജലിയിൽ കൂടി അതിന്റെ ഹക്കുൽ ജക്കീൽ എന്ന് പറയുന്നത് അപ്പൊ അവിടെന്തല്ല ദരീരും അതിലും ഒരും നോക്കലില്ല മവാൻ ഇങ്ങോട്ട് ദൂർക്ക തന്നെ അപ്പം സജലിന് ഏരിട്ട് വരിക എന്ന് പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞ ഇഷാറത്തെടുത്തേക്ക് അല്ലിശാറത്തു അന്റെ പറഞ്ഞ തഴൂലുല്ല തഴുദു ധുനു ഇതൽ മൗദു നേരത്തെ വ്യക്തി പറഞ്ഞില്ലേ വൈനമായ അതിനെ കുറിച്ച് കേട്ടമായ അദനത്തിൽ കുതിച്ചയിലേക്ക് പറന്നുയർന്നെ തടക്കുന്ന സാധനങ്ങൾ തളർത്തോന്നല്ലേ വേറെ അപ്പൊ ഈ മൗതോണ്ടാക്കണം നിഷാദ് ചെയ്തിട്ട് ഇവിടുന്ന് ആരംഭിക്കണം നയിൽ ഏതാ മോദോ എന്നാണ് സാധനം അത് ഈ സുപരിയായ ആരന് റോഹിന് തൽക്കാലം താമസിക്കാണെന്നൊരു ഭവനമായിട്ടാണ് ആരോ ശരീരമാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ആനൽ മഹൽ സുപരില്ലീഹു റോഹി ഏതൊരു ശരീരത്തിനാണോ മുത്തദറായിരുന്ന ആ സുപ്രീയായ ഈ ആനന്ദണം ഈ മുത്തകർ തൊലു അസ്നീ റോഹിന്റെ അസ്തിയായ മഹലിനേക്കുള്ള റുദും അതിന്റെ രംഗപ്രവേശനം അതിന്റെ പ്രയാണം അതിന്റെ ഉന്നതി ഇവിടെ വെച്ച് ആരംഭിക്കണം ഒരു വിത്ത് നട്ടു ആ വിത്ത് മുളച്ചുവിട്ടാൻ്റെ അവിടെ നിന്ന് പണം വരുത്തണമെന്നല്ലേ അപ്പൊ അതിന്റെ മരട് ഉണ്ടാക്കണോ ഇത് വേറെ ഇതിന്റെ വളവും വെള്ളവും വളരാൻ ആവശ്യമായ രീതിയിൽ ഞാൻ പാകപ്പെടുത്തി കൊടുക്കണം ആ പാകപ്പെടുത്താനുള്ള ചരി വിശദീകരിക്കുക തകുതി പൂർത്തിയായി ഈ ചടിയുടെ ഈ ചെടി മുളച്ചു മടരേണ്ട രംഗ ഈ പോയിന്റിൽ നിന്നാണ് ഇതിനെ വേരിങ്ങോട്ട് പോകണം താഴ്വേ താഴേക്ക് പോകണം എന്നിട്ട് ഇവിടെയുള്ള വളം ഇതെല്ലാം വലിച്ചെടുത്തിട്ട് ഇങ്ങനെ വെല്ലാതെ ഇത് വെൽത്താകണമെന്നെങ്കിലും എന്താ വേണ്ടത് ഇത് നടത്തിയിരിക്കുന്ന ഈ മുത്തക്കോറുണ്ടല്ലോ ഈ മുത്തക്കോർ ഇതിനനുകൂല വേണ്ടേ അങ്ങനെ ഉപറവിയ ചെടിയോടെ പതിക്കുന്നു അപ്പൊ അതിന് വേലോറാൻ സാധിക്കണം കാറ്റ് പരക്കാൻ സാധിക്കണം സൂര്യപ്രകാശം കിട്ടണം മഴയെടുക്കണം പ്രത്യേക സീസൺ വരണം എല്ലാം പറഞ്ഞിരുന്നു അല്ല തീ അല്ലീ ഏതാ അശ്വതി മഹലേതാ ആലമൊലി മലക്കൂ അവൈലജബിൾ ഒന്നെങ്കിൽ ആലമുൽ മലക്കൂത്താവാ അങ്ങനെ ആവുക ഈ ഒന്നേ മർത്തപ് ഈ നെഫ്സ്പെ നെഫ്സൈറ്റിപ്പടന്ന് ഇതെന്താണോ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞിട്ട് മഹൽ ഗോപിടണം എന്നാണ് ശരിയാക്കാതെ തെളിവുകയെന്നു കവിലും അക്കിലും കളികത്തിന്നുണ്ടാവില്ല കളികിന്റെ പ്രാരംഭം തുടങ്ങണമെങ്കിൽ തന്നെ സിതിന്റെ മക്കാമൊത്തണം ഓഹിന്റെ മക്കാമ്പാണെങ്കിൽ ആലമൊല മലക്കൂട്ടായിരിക്കും അതിന്റെയും അപ്പുറം ഉള്ള സിദിന്റെ വക്കാമ്പാണെങ്കിൽ ആലമൊലി ജബ്രൂത്ത് ആയിരിക്കുന്നതാണ് അതാണ് തണ്ടിട്ടത്മൽ മലക്കൂർ ഐ പി മർത്തമ്പ തിറൂ ഈ നസ് ഓഹിന്റെ മൊത്തം അഞ്ചു പേരാണ് ഉള്ളത് ലത്ത് എന്ന് പറയും കമ്പ് എന്ന് പറയും അക്കലെന്ന ഓർമ്മം ഊഹ എന്ന് പറയും ചെറുതെന്നും പറയും അഞ്ച് മർത്തവേര് സാധന മോട്ടോഫന്നാം അപ്പൊ ലത്തിന്റെ മക്കാമിലെത്തേക്ക് എത്തൂല ആറുമ്പോൾ മറുപത്തി അസിലേക്ക് എത്തൂലിങ്ങനെ കടന്നു കളിക്കും കമ്പിന്റെ മക്കാമിൽ ഒത്തൂല അത് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കടന്നു കളിക്കും ആക്സിഡന്റെ മക്കാമരായി വേറെ പറഞ്ഞ ഇഷ്ടാമിലേത്തിയിട്ടുണ്ടാവും എന്നാലും ഒരു കോവിന് മറ്റേ കോവിലേക്ക് പോയി എന്നേവരുകൂ മൂന്ന് മക്കാമ്പിലെന്തെല്ലാം ഉറൂജി കിട്ടുന്നില്ല താരതമ്യേനം വിമോജി ഉണ്ടോ എന്ന് പറയാനുള്ളത് അഗ്നിയായ മക്കാമ്പിലേക്കുള്ള ഊജി അവിടെ കിട്ടൂല ആകത്ത് മൂന്ന് മക്കാമ്പലും കിട്ടൂല ല അത്രയും ഇല്ല പിന്നെ ഉണ്ടോ ഊഹനും സിറുരേ ഉള്ളൂ ഊഹനാണെങ്കിൽ ആന മുല്ലോ സിറാണെങ്കിലോ ആനമുൽ ചമറുതാപ്പം അഞ്ചെണ്ണോ ഇവിടെ ഇത് തടിയും പതിലും ആട്ടി കട്ടി കഴിഞ്ഞുകൂടിയിട്ട് ഒരു കഴിഞ്ഞുകൊടുക്കും ഇവിടെ അതിനും ഇതുരായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുന്നു ഇതിനാകെ മൻ അന്ന് ഇച്ചതിനായിരിക്കും അക്കന്റെ മത്താമി കഴിഞ്ഞു കൊടുക്കുന്നുണ്ടാകും അവനീയിലെ ബുറഹാനിന്റെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുന്നു എന്നാലും പൂർണത്തിലേക്ക് കിട്ടുന്നില്ലല്ലോ ഇവിടെ നിന്നായിരിക്കും മറ്റേ ആരംഭിക്കുന്നു അപ്പൊ അച്ഛനെ പറയാണെങ്കിൽ മണക്കൂത്തിലായിരിക്കും അല്ലെങ്കിൽ ജബ്റൂത്തായിരിക്കും ഇപ്പോൾ സീലിന്റെ മസ്തബയിലാവുമ്പോൾ അററ വിടവിയോ മാസ്തബത്തിൽ സിർദി ആഖല മിമ്മാത യദീർ ദേശം എന്നാ ബുക്ക് എടുത്തിട്ട് കൊണ്ട് പറയുന്നുയാ അനോതാ 55 മത്തെ പേജി പരിയോ ചെയ്തി ആ അബ തലൂഉഹാ അതിൻടെ തലൂഉ എന്ന് പറഞ്ഞില്ലേ അതിനെ ആ കേചം അതിനെ എന്നാക്കി അസ്ഥിിച്ചു വെക്ക കാബിലി തജൽ തഖല്ലിഹാ അൻ ഹാബൽ മൗതി ഇ നാടുമായിട്ട് അതിനെ തെറ്റതോളം അങ്ങു ജീവിക്കാമോ അത്രതോളം ആനികിത തുറണ്ടതാ വീടിന് എത്രത്തോളം പൊടി വിടുന്നു അത്ര രണ്ടായിരിക്കും ഇങ്ങനെ കേട്ടു ഈടിന് അക്കുന്നോളം കയറാൻ കഴിയുള്ളൂ ഈ ഓഹന്റെ വായ്പാവും ഈ മോഹൻറെ പപ്പാബിൻമാതി ഒന്നും തിരില്ലേ അവിടെ വേണ്ട നോക്കണം അപ്പൊ ഇതിന്റെ മൗനോമാട്ട് എത്രത്തോളം വായി ബാഗുന്നുവോക്കു ആ മൗന വിട്ടി താഴെ ഒര് വാങ്ങുന്നു അതിനെയും മുന്നോട്ട് ഇങ്ങനെ കേറും കേറും അതിലേക്കറങ്ങനെ കേറിപ്പോ മദനുമായിട്ട് എത്ര കെട്ടിച്ച് അത്ര കെട്ടി പോകുകയും ചെയ്യും അപ്പൊ കതിരി മാ താല്ല ഈ നത്തന്നാസ്യതയാകുന്ന ഊഹ് ബിഹി എന്ന ബദനുമായിട്ട് എത്രത്തോളം താല് കൊണ്ടോ തറുത്തഹിന് മഹ അത്രത്തോളം സമയത്തൊക്കെ പെടുന്നോ അതനുസരിച്ച് തത്തക്ക് ഗോപ്പി ابل تن مستقب عايذ نوکو و پس تن پی حی کری دید تن او تو نای جی گنیوڑو قال سے قون حتنی شادرے ربی اللہ نے بارےتو ایو ح سائق الی تابیل نجاتی عطائقینا حمرت حیاتی بلا ھادین له ایو ح سائق اے شوق و چہ منشا എവിടത്തേക്ക് ചോക്ക് ഇല കബീര് നജാത്തി അവനവന് നജാത്തിന്റെ മാർഗത്തിലേക്ക് ചോക്ക് വെക്കുന്ന മനുഷ്യ ആ താഴ്ക്കും താഴ്ക്കുന്ന അത്യാഗ്രഹമുള്ളത് ആഗ്രഹമുള്ള ഇല ഹി ഹയാത്തി കാലാകാലമുള്ള ഹയാത്തിന്റെ ഹനറത്തിലേക്ക് ഈ ഹയാത്ത് എന്ന് പറഞ്ഞാൽ കാട്ടുതീർന്ന മൂന്ന് ഹയാത്താണ് അതല്ല ശരിയായ ഹയാത്തിലേക്ക് ചോക്ക് വെക്കുന്ന മനുഷ്യ എനിക്കൊരു മോഹി പറഞ്ഞുതരാം ആ കതിലിന്റെ ഇലാരിക്കാം നിന്റെ ബാഹിറിലേക്ക് മാത്ര നോക്കല്ല നീ കുറച്ചു വിളിക്കണം ഭാഗം മൂന്നുപേർ അല്ലെ ബദനെന്നോ ഹൈക്കരെന്നോ ജിസ്മ അറഞ്ഞോ എപ്പോഴേ ഇന്നറത്ത ഫതഹ ബാത്തനിക്കോ ഇന്നറട്ട നീ വേണ്ടത് വെച്ചെങ്കിൽ ഫതഹ ബാത്തനിക്ക നിന്റെ ബാത്തിനോ തുറന്നു കിട്ടണം എന്നാണ് ബോധ്യങ്ങൾ എവിടത്തേക്ക് നീ അത്രാറി മലക്കോത്തി റബ്ദിക്ക നിന്റെ റബ്ബിന്റെ മലക്കൂത്തിന്റെ അസറാദികളിലേക്ക് വേണ്ടി നിന്റെ വാതിലെ അകത്ത് വാതിലിന് ഇങ്ങനെ തുറന്നു വെക്കണമെങ്കിൽ ദാസിനുമായിട്ട് വന്നപൊട്ടേ പറ്റൂ നൃത്തൊട്ട് ഫനാഗ് ഉണ്ടായെങ്കിലും ശരിയാവൂട്ടോ നെസ്സിന്റെ ഏറ്റവും കടുപ്പത് അലമൊൻ അസുഖത്തിൽ വായ്പായ നാസുഖത്ത് ഹാഗറായ നാസുഖത്ത് എപ്പം അമൃതന്റെ കൂണ്ട് മറിച്ച നാസത്ത് വേറിയുണ്ട് അപ്പൊ മൂന്നാം ഒന്നേത് ഒന്ന് വായ്പ ഒന്ന് ഹാങ്ങര് ഒന്ന് മുട്ടക്കല്ലിയും വായുധിക തൊട്ടുണ്ടാക്ക യാത്ര പോകുകയോ സഫറ പോകുകയോ അതിനെ വേണ്ട നോക്കിയോ ചെയ്ത പനാഗത അല്ല പുതുപ്പാൻ തൊട്ട് ബേഗനാഗത പ്രത് ഇതിനെ തൊട്ട് പൊനാഗാണിയോ പണിയല്ലേ അപ്പൊ ആരംഭിക്കുന്നത് ഇവിടെ പൊനാഗ് വന്ന മറ്റേ രണ്ടു ലാസി മാറ്റി വന്നോളൂ അഹസ് പൊനാഗായ ആന്മ പൊന്നാഗാവുന്ന കാര്യം തീർച്ചയായും കിറ്റാബുകളിലുണ്ട് നൽകും അമ പറയുന്നു എന്റെ അടിമ ഇന്ന മനഹസുക്ക സിപാസി എന്റെ തല സിപാസുകൾ ഞാൻ എനിക്ക് അവസാരമായി നൽകിയിട്ടുണ്ട് മഹാനിമനബി അമ്മ കുറെ സിഫാത്തു എട്ട് സിപാത്തമാ പറഞ്ഞത് ഗുരുണ്ട് പിന്നെ അയാത്ത് ഉണ്ട് പകുറത്തുണ്ട് ഇറാദത്തുണ്ട് ഹെൽമന് രണ്ട് ബസ് ഉണ്ട് അയാത്തല എട്ട് സിഫാത്തു ഞാൻ എനിക്ക് അവസാരമായി നൽകിയിട്ടുണ്ട് അതെന്തിനാ ലി താരിഫനി നീ എന്നെ അറിയാൻ വേണ്ടിയാണ് മുഖേന അറിയണം അതൊക്കെ ഉപയോഗപ്പെടുത്തിട്ടെന്താകണം ഇന്ന് നമ്മളിലേക്ക് ഇടക്കേണ്ട സിപാത്തകളാണ് ഇതൊക്കെ നീ എങ്ങാനും ആ സിഫാത്തിനെ ഇങ്ങനെ ഞാൻ എന്റെ ചെയ്താൽ സലബുത്തുക്ക ഞാമിന്റെ കോരിക്കലായത്താ വിരാരിക്കും സിഫാത്തു കൂല ഈ സെമ്മിനെ ബാധിച്ചുകൊണ്ട് ഇങ്ങനെ എന്താക്കില്ല നീക്ക് കേൾക്കാത്ത അസമാക്കി മാത്രമൊന്നും ചെയ്യൂല പക്ഷെ അതുകൊണ്ടാണ് വിലാറ്റ പോയി പോകുക ഇങ്ങനെ വിലറ്റ് ഈ സെമുപയോഗിച്ചെന്താക്കണം അന്ന അറിവിലേക്ക് തക്കമ്പായിട്ട് കൊന്മിജുമാണല്ലോ അതിന്റെ ഉണ്ടായിപ്പോ അപ്പൊ ഇവിടെ എന്താക്കണം മുഴുവനും ഇതെല്ലാം മകൻ നികിയതാണ് എന്റെ അവനെപ്പാത്തേ അത് പിന്തിരിച്ചറിയും അതുകൊണ്ട് ഓം പറഞ്ഞ മാർഗത്തിൽ തന്നെ ചെലവാക്കുക എന്നെ നനേ നീക്കുള്ള എന്താക്കു ആ വരം മസുലുകൾക്ക് സിഫാത്തി സിഫാ തൂലിക്കളിയെന്ന് ജീവില അടുത്തോന്നു അബി അന്ത എന്റെ അബുദയെ നീ എന്റെ സിഫത്താന്ന് ഏട്ട പറഞ്ഞില്ല അതുകൊണ്ട് നീ എന്നെ കൊള്ള മടങ്ങിയാ നീ എന്നെ കൊള്ള മടങ്ങും റുജു എന്ന അറുതിയിലേക്ക് ഞാൻ നിന്നെ കൊള്ളീ മടങ്ങും നമുക്ക് എന്താ കൊണ്ട് ഒത്തു കളിക്കാണ്ടാ പറഞ്ഞു ഇയാക്കന അബുധം ഇയാക്കനസ്തായി പറഞ്ഞ മാതിരി അന്നാണ് കൊള്ള ഒന്നേക്കിൽ അള്ളാവിന്റെ പക്കൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് സന്തോഷമാകാം അല്ലെങ്കിൽ വരാകാം അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയത് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തതോ ഒന്നക്ക് താഴെത്താകാം അല്ലെങ്കിൽ മാസത്താകാം അഞ്ചാമത്തൊന്നുമില്ലല്ലോ അങ്ങനെ ഇങ്ങോട്ട് തന്നത് ഞമ്മത്താന്ന് വെക്കാം എന്നാൽ ഷുക്റുകൊണ്ടും ഇതിന്റെ കൈകാര്യം നടത്താം അള്ളാഹ് നൽകിയതാണ് എന്നുള്ളത് കൊണ്ട് അമ്മാനെ കൊണ്ട ഋജുവായി വരാ വന്നു കഴിഞ്ഞാൽ സബറുകൊണ്ടും ഋജുവടും هيا نكون لمر الان <سؤال> على سبيلتي غير bodم قد يطبعى إذاعيننا أناح، لا أحوا noما يا'قصل بالله وما أعصنا علينا حسا بها الوجه أولاده عنا يا أنالعن انحظن لمر ،なく تولي أسهل إلى الحسو تشرون يقول ضellنا photos قد تش ничего لا علي أن يريد سُقرون ذلك ربما يجبون lupاء تشجيلون എന്നൊക്കെ പറഞ്ഞിട്ടല്ല അബുദി തീക്കലിൽ ഒരോമി ബാബുൻ എന്റെ അബുദ്ധ നിന്നിലുണ്ട് എല്ലാ തരത്തിലുള്ള ഒരു മുകൾക്കും ഒരു ബാബുണ്ട് ഏത് ഏഴ് ബാബായും കദീമിനെ പറ്റി പഠിക്കണമോ ആദീസിനെ പറ്റി പഠിക്കണമോ ഒന്നിക്ക് ആകെ ആലുവെത്രയാണ് ഒന്നിക്കിൽ അല്ലെങ്കിൽ ആദീസ് കദീമ ഏതാന്ന് അന്നാ ലാത്തും അതിന് സിപാത്തും ഇല്ലല്ലേ അനുപരി പഠിക്കാനുള്ള ബാബുണ്ടല്ലോ അടേ ഇഷ്ടമുറവ് അതാ കുറച്ച് വേണ പഠിക്കാൻ എടുക്കുവോ അതാ ടൗണില പഠിക്കണ്ടു മറ്റേതാമോ എത്ര ഈ ശതും പഠിച്ചിട്ട് ഇടയാക്കുക ചെടിയെപ്പറ്റി പഠിക്കാൻ കഴിയുമ്പോൾ എന്തെല്ലാം ജാതി ചെടിയാൻ അവരറ്റം കിട്ടുന്നില്ല ജീവനെ പറ്റി പഠിക്കാൻ കഴിഞ്ഞാൽ അവർ അറ്റം കിട്ടുന്നില്ല ആകേശം പഠിക്കാൻ കഴിഞ്ഞാൽ അവൻ കിട്ടുന്നില്ല ഇതെന്താ കീഴില് എത്ര പെണ് മറ്റേതാകുമ്പോൾ അന്നാടെ കാത്ത് അന്നാന്റെ സിഭാഗത്ത് അവന്റെ അക്കാല് അവന്റെ അച്ഛ്മാവ് അവന്റെ ലോകത്ത് ഒരു ഷുഹോ ഇങ്ങനെ അങ്ങോട്ട് കാലിക്കാ ആറോ ഏഴോ ഇത് ഉണ്ടാവുന്നത് പറഞ്ഞ അപ്പൊ ഏതിലും പതിവിനെ പറ്റി പഠിക്കാം ആദിസിനെ പറ്റി പഠിക്കാം അങ്ങനെയും പഠിക്കാം ആദിസന്റ് എന്തെല്ലാം ജാതിസുണ്ട് ആകാശം വേണ ഭൂമി വേണ കടല് വേണ കര വേണ വരണം വേണ അനാഹത്തിന് വേണ ശരീരം വേണോ ചെടികൾ വേണോ ജമാദാസ് പഠിക്കാനുള്ള വാക്കുകൾ എന്ത് അതിന്റെ നിഷ്ഠാഹതാണ് അനയാ അതിനെല്ല തുറക്കുന്നിലുണ്ട് ജഹലിലുണ്ട് ബാബുതിന് ബാബുണ്ട് നീ ഒന്നിന് എല്ലാത്തിനും ജാഹിദ അതും കഴിയും അതിന് വിട്ട നീ നിന്നെ കൊണ്ടൊക്കെ തുടങ്ങിയാണ്ടായി എല്ലാത്തിനും ജഹാലത്ത് കിട്ടും അതുകൊണ്ട് നീ എന്തുവാണോ പ്രസിദ്ധ അയ്യൽ ബാബ നിസീത ഈ രണ്ട് വാതിലാണ് അതിന്റെ നവംബിൽ ഏഴ് വാതിലും വേണമെങ്കിൽ എനിക്ക് കേളാം അന്തയിൽ കൂടിയത് എന്താക്കിയ ജഹലിന്റെ വാതിൽ കിടന്ന് അങ്ങനെ വർന്നോ അരയിൽ കൂടിയത് വർന്നോ ഇലമിന്റെ വാതിൽ കിടന്നു അങ്ങനെയും കടന്നോ ജു ബോധിക്കാൻ രക്ഷിക്കുറുബി ഞാനെടുക്ക മീൻക നിന്നെ കൊള്ളയിൽ അടുപ്പുണ്ടല്ലോ ഒന്നാമത് കദീബന്നു എന്നും എന്ന് കരീബ കുറബെന്നുള്ള അസലിയായ വസ്തു ആ കുറബുന്നത് കാണാത്തത് കുടമ്പ വളർത്തുണ്ടാവുന്നത് വളരെ മറ്റേ ജീവൻ ആ ജീവുന്നില്ലല്ലോ പുറബീ മിൻക ഞാൻ നിന്നെ കൊള്ളയുള്ള പുറബി വെക്കാതിരെ ബോധിക്കാൻ രസിക്കാം നീ നിന്റെ രസിക തൊട്ട് എത്ര കണ്ട ഞാൻ നിന്നെ കൊള്ളി നീന്റെ രസിക തൊട്ട് അങ്ങനെ ആകരണം അപ്പൊ ഞാൻ നിന്റെ കൊള്ളി കണ്ടോണ്ടിരിക്കും അപ്പൊ ഇന്ന നേരെ കുറവെന്തായി ഞാൻ നിന്ന തൊട്ടുള്ള പുറതി വിൽക്കാതിന് കുറവിക്കാൻ വിൻ നിന്റെ രസമായി എത്ര കുറുബാകുന്നു അത്ര അതുകൊണ്ട് തരീക്കന് ഞാൻ എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നു നീ വിളിച്ചെറിഞ്ഞോ ഇലയ്യാ എന്നാൽ നീ എന്നെ കൊള്ള വസ്സിലാകി ഹത്തു കത്തിൽ അവരൊറ്റ ചുമട്ടേ കൊണ്ട് കൂടുതൽ ദൂരം ഒന്നുമില്ല അവരുടെ അർത്ഥത്തില്ലേ കണ്ടേ പറഞ്ഞു ഒറ്റ മതേ കൊണ്ട് ഒറ്റ കത്തുവെങ്കിലും ഒറ്റ കത്തു ഇല്ല ീ ഈ അബുദെ കൊല്ലുമാ ജമാക്കാൻ പണു മിഞ്ഞി എന്നെ ജമിലാക്കേണ്ട കാര്യം എന്നല്ലോ അതെല്ലാം എന്റെ മക്കൾ നിന്നുള്ളതാകും അപ്പൊ ജമ്മാക്കാനുള്ള കാര്യം തീരെ ജമ്മാവസ്ഥലെ തന്നിട്ടുണ്ട് ജന്മം പൊറക്കുമല്ലേ അപ്പൊ താട്ട് കൊണ്ടതുണ്ടായിത്തീരും ജന്മുണ്ടാകും നാട്ടീത്തു കൊണ്ടോ പൊറക്കും ഉണ്ടാകും താറ്റ് മാത്രമല്ല താറ്റിലുള്ള ഉയ്യത്തുകൊണ്ടൊന്നുണ്ടാവും ഉയ്യത്ത് താത്തുകൊണ്ടും പൊറുക്കുണ്ടായി പോക്കുന്നു അപ്പൊ നിക്കാറോ അപ്പ നിക്കാറോ നല്ല പാറ്റം ഇത് ജമ്മീന്റെ വാദ്യം ഞാൻ നിൽക്കിച്ചു എന്റെ നിക്കാരം എന്നെല്ലാ റൂയത്തിൽ അമല കണ്ടുകഴിഞ്ഞാൽ അപ്പ പുറത്തു ജമ്മീൻ അർത്ഥ അല്ലെ വാനത്താക്കിമാന വാന ദുപ്പിക്കുന പമ്മുണ്ടാക്കുന്ന കാര്യം തന്നെ ഉണ്ടോ അതെല്ലാം മിനി വക്കുലമാ പദത്താ മിക്ക എന്നത്തൊത്ത പുറത്തിനാ അതിന്റെ കാര്യമല്ലതോ അത് നിന്റെ വെക്കുണ്ടാകണം അപ്പൊ അത്തരം ജമാന്ന് വന്നു അള്ളഹ് അന്നും തമ്മിലുള്ള മണ്ഡത്തിലേ അത്ര ജമ്മും കുറുകാണെന്നാണ് വരുന്നത് അതുകൊണ്ടപ്പോ ജാദ് ചെയ്യണം തസിലെ നീ വസിലാകും وإني إن ألاني لغنينا للعالمين لغة الله وإني كابشي لنا غنيا نيونا جيدة لغة الله وإني قريانه الله قيرونا وجده نارانه الله نيكو وإني نيكوه قلنا عليك ريشيك شعورا نيكوه نيو معنا عمياتاتي يكوه أنه سورا نيو ريكوه لله وإني مرعان لله ثم قال بني رضرين يا عبني إن مرحتني نفسك നിന്റെ നെത്തിന് നീ എനിക്ക് നൽകിക്കടാം അമുതം ആ നെഫ്സിനെയാണ് എനിക്ക് മടക്കി തരാം ഭാവിയെത്തൻ നല്ല റാവിയെത്താളായിട്ട് മടക്കിത്തരാം നല്ല ക്ലിയറാക്കി തരാണം അമ്മാടത്തും പോയി ലബ്ബാമ്മത്തും പോയി മുത്തുമിടത്തലും പോയിട്ട് റാവിയത്തേക്കെ ബാക്കി തരാം തടാ ഇതൊക്കെ അല്ല എനിക്ക് തരാതെ കണ്ട് നീയ നിന്റെ അടക്കത്തന്നെ ഉപേക്ഷിക്കുകയാണോ എന്നാൽ അത് വമ്പിച്ച പരാധു അല്ലാത്തൊരു പരീക്ഷണമാണ്ക്ക ആ നഫ്സ് നിന്നെ ശത്രുത ശത്രുക്കള കൂട്ടത്തിൽ ഏറ്റവും ആദൽ ആ ആദി ആ ആദി അതുബിലേറ്റവും ശത്രുത പെട്ടെന്ന സാധനം ആദൽ ആദിജാഹാ നഫ്സിനോട് നീ ജിഹാദ് ആ നഫ്സ് മടങ്ങി വരും بالفضائل رباض اوتారங்களையுமே பைது இது ஆல் நோقسمலக்கன்ன நான் த点セット செய்ய விரENUM லா ஆயிது குஆலமல் மலகூதி மாம் பீ கல்பிஹி அலா காலி யஹத்த்தி நிரENUM க ஆலம் மல் மலகூதி தெருக்கு கோரூலா மான் ஒரு மனுஷன் என்னதறீ பீ கல்பிஹி அவந்த கல்பி rendu алаகாத்துல் ஈ போதிதமாயா அந்த алаகாத்துndo அன்னா எத்தரே алаகாத்துன்னு சப்தி அத்தரே கண்டு ஆரும் மல் மகூதி வந்து பத்தாலும் وقال الششتري رضي الله عنه وَإِنَّا لَيْسَ يُدْرِكِ مِصَالِي قَلْ كُلُّ مَنْ فِي بُقِيَامِ عند مِصَالِ آسوة كُولًا كُلُّ مَنْ فِي بُقِيَامِ نَفْسِينَ تَحْقِ حَلُّنَّكِنِ بَاكِيٌّ وَلِكُمْدِ اللَّهِ مِصَالِ اللَّهِ വതദൗഹന്ന അളിമു ഹാദൽ മഅന ഈ മാനനെ നമ്മളെ മൈതണ്ടാക്കിയണ്ടല്ലോ ഹസനി റസൂലുള്ളാഹിന്റെ വാക്കുകളെ പോല വിശധീകരിച്ചുകൊണ്ട് തീമായгти ശേഷം വരുന്നൊന്നിരി എവിടെ ഹൈത ഖാല ലം യത്ത സിൽ ബിൽ ആലമി റുഹാനി മൻ ഉംദോ ഹാദൽ ഫൂലി ഹാനി ഹാഗ എന്നതിനെ ഉദ്ദേശിച്ച് ഹാഗ എന്നൊന്ന് വെതറ്റുള്ളൂ ഹാനി എന്ന് പറഞ്ഞാണ് മുബറക്ക രഹിരിട്ടുള്ളൂ ആനിയായാലെന്താ ഈ തടവുള്ളിന്ന് അർത്ഥം വെക്കാം അഗാൻ അമൃത് ആനിന്നുള്ള തടവുള്ളി മക്ക ഹനാന്നുള്ള ഇറക്കാന്ന് അർത്ഥം കൊടുത്തിട്ടപ്പോ മഹമ്പത്തിൽ പൂന്തപുടിച്ചു പെനുകൂല ഹാനിയാണ് പിന്നെ കാഫി ഒക്കാൻ പോലെ വിഷാറ് അതാണ് ഹാനി ഹാനിയല്ല അതെവിടെയാണ് രണ്ടാം ദിവസം നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ പേജിലാണ് വന്നിരിക്കുന്നത് അവിടെ ഈ കാരം വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം യക്തസിൽ ബിൽ ആലമീർ റുഹാനി ആലമീർ റുഹാനിമായി മുക്തസിടാവുള്ള മാൻ വരാള് ഓംഹു അവന്റെ ജീവിത മുഴുവനും ഹാനി ഓണ്ടു കൊടിച്ചാണ് എന്തിന്റെ മേലെ ഹൽ ഫുദൂൽ ഫുദൂലയുടെ മേലെ ഓണ്ടു കൊടിച്ചോ എന്നാ റുഹാനല്ല കേട്ടൂടാ ആ പബ്ദത്തിലെ ശവഹിൽ අපാണ് അതിനെ ഒരു പരികാരമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ليس جرى من المعاني داني من قلبه في عالم الأبدانين ليس جرى كأنم مغلل من المعاني معاني إلن اللي... كأنم مغلل من داني فأدتتت بودت داني سأمرارة كريمة قاسينا نأمور لدت دانينا نأدتتت لدت فمعاني إلن ഇത് ഇത് അവാാനി തന്നെ കണ്ട് പറഞ്ഞേ അവാനിയിൽ കുറിച്ച് മഹാനിയിലേക്ക് മഹാനിയിൽ നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ദാനി പോരും കിട്ടൂരാൻബുഹു അവന്റെ കൽ ഉള്ളത് ആരമുല്ല അബിദാനിരഹം ഉള്ളത് അപ്പൊ അതില്ലാത്തവർത്തോളം അത് അത് കീഴും അത് കീഴല്ലേ ും പറഞ്ഞില്ല അതിൽ മൽ ബൈറ്റു മറ്റേ ബൈറ്റ് തഫസീന ഇവിടെ പറഞ്ഞു എന്നുള്ള പറഞ്ഞില്ലേ അതിൽ കുറച്ചൊരു അവ്യക്തതയുണ്ട് സാരി പറയാത്ത കാലത്തോടെ നമുക്ക് തിരിഞ്ഞില്ല ഒമിൻഹുന ഇവിടെ വെച്ചിട്ട് എമിത്തോളം തുരുവാരംഭിക്കുന്നു ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ തുറന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം ആലമുൽ ബദലിൽ നിന്ന് വയരാത്ത കാലത്തോളം തുറവ് സാധിക്കൂല എവിടെ വെച്ച് തുടങ്ങണം എന്ന ബദതിന്റെ മായന എവിടെ തിരിഞ്ഞു ലംഘ്യത്തെ ആലമുൽ വിശദീകരണം മനസ്സിലാക്കാം വയ്യാതെ ആ വൈദ്യുകൾ വിശദീകരിക്കുമോ ഞാൻ നല്ലോണം പറഞ്ഞുതരാമെന്ന് സാരി രണ്ടേ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ടാക്കാം ഇൻഷാള്ള ം സുമ്മയ്യന കൈഫക്കാൻസോഹിൽ ഹലറ നേരത്തെന്താ പറഞ്ഞത് ഹലറത്തിൽ കുറുക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണേത് ഊഹത് ആ ബന്ധം എങ്ങനെയാണോ ഏത് രീതിയിലാണോ ബന്ധം അറ പൊരിങ്ങടെ കുത്തി അവിടെ ഇട്ടുവെച്ചാണോ അതായത് പാത്രം വായിന്നാണോ ഏത് രീതിയിലാണ് ഇൽമ ഇതറാക്കിന്റെ ബന്ധമാണെന്നാ ഓരോ സാധനത്തിനോട് സാധനത്തിന് ബന്ധം ഉണ്ടാവുമല്ലോ ഇല്ല ഇതിന് ചായണ്ട് ചായ ഈ പാത്രവുമായി ബന്ധപ്പെട്ടത്തിലാണ് എന്നിരക്ക് എൽമി ഇദറാക്ക് അല്ല ആനുമാലിന്റെ ബന്ധം ഒന്നാണ് ഈ സാധനം അതിൽ നിൽക്കാനാണ് പാത്രവുമായി എന്ന ബന്ധമാണ് ഉള്ളത് അല്ലേ പരിപാടി കഴിക്കുന്ന എനിക്ക് കാബാ ഷെരീഫിനെ പറ്റി എനിക്ക് ബന്ധം ആ ഉണ്ട് എന്താണ് എനിക്കതിനെപ്പറ്റി നല്ല ഇൽമും ഞാൻ പറഞ്ഞുതരാം എൽമി ഇദറാക്കിന്റെ ബന്ധമുണ്ടാവും ആനിമാനുന്റെ ബന്ധം ഒരു ഹിസ്ബുണ്ടാവുമല്ലോ എടക്ക് ഐത്തിസാന ഒരു വഴി ഐത്തിസാന വജഹവനെ ഉദ്ദേശിച്ചത് ഹ സമറത്തിൽ എത്രകാരമാണ് അന്ത്യ ബന്ധം ഇതിസാന രീതി എങ്ങനെയാ ദ കൈഫകാന ഇത്തിസാനു റൂഹി ബിൽ ഹമറത്തി ഹളറത്തുർ റബ്ബാനി ലൈകണ്ട് ഹളറത്തുൽ ഖുദ്സിയ ലൈകണ്ട് ഈ റൂഹിനൽ ഇത്തിസാൽ ഏത് രീതിയിലാണ് ഇതിന്റെ വജഹ എങ്ങനെയാ അതാ പറയുന്നത് ഫലം തസൽകുൽ നൂഹു ഹോതില്ലഹിയ അല്ലാമാ തന്ദർവാത തല്ലിൽ ഹിയ അപ്പോൾ അബ്ര ഇറങ്ങി മഹല്ല എന്ന അർത്ഥത്തിനല്ല അയ്യാ എന്നായിരുന്നു എന്തായിരുന്നു അല്ലാ മത്തൻ നല്ലോടിയ സാധനം ദറാ കത്തൻ ഇതറാക്കോടിയ സാധനം എന്തിനില്ല ശിയ എല്ലാ വസ്തുക്കളെയും അപ്പൊ ആദർത്തിൽ കുറച്ചു എന്തെല്ലാം ഉണ്ടോ അതുമായിട്ട് അല്ലാമും ദറാക്കത്തും ഇന്ന് ഇദ്രാക്കിന്റെ ബന്ധമാണ് ഉള്ളത് അപ്പൊ വന്നോന്ന് അപ്പൊ അവിടെ എന്തല്ല അഫ്ഗാനിന്റെ മക്കാമുണ്ടാകാം സിഫാത്തിന്റെ ഉണ്ടാകാതെ ഹദറാത്തിൽ കുറിച്ചിരി പല മക്കാത്തല്ലേ അഫ്ഗാനുണ്ട് അസ്മാനുണ്ട് സിഫാത്ത് ഉണ്ട് റാത്ത് ഉണ്ട് അനുസരിച്ചില്ല മക്കാട്ട് മാറുന്നുണ്ട് അതാ അതെല്ലാം ഈ ഈ നഫ്സിന്റെ ഏത് മക്കാമാണോ അനുസരിച്ച് അവിടെയും മക്കാമാക്കു ഇൽമിൻ ഇദ്രാക്കിന്റെ മക്കാമ് മാറുന്നുണ്ട് ചിലപ്പോൾ അഫ്വാന്റെ മതാത്തലായിരിക്കും ഇൽമിദ്രാക്കും ചിലപ്പോൾ അഫ്വാന മുന്നിട്ട് എന്താകും ചിലപ്പോൾ അസ്മാലേക്ക് എത്തിയിട്ടുണ്ടാകും ചിലപ്പോ ദാത്തമാരിന്റെ മന്ത്രം ഉണ്ടാവും അത് ഇതിനെത്രയോളം കയറ്റം ആ കയറ്റം പോലെയാണ് അപ്പൊ സിദിന്റെ വെക്കാമ്പിലാണെങ്കിൽ ധാത്തിയായ മന്ത്ണ്ടാക്കാം അതേക്കാവും എന്നാ പിന്നെ ഇപ്പൊ എന്താവൊന്നും കാണാത്തേ അങ്ങത്തൊന്നുമില്ല ഇവിടുന്ന് പഠിച്ചിട്ടുണ്ടാക്കി മുമ്പിൽ ഒന്നും ഇപ്പൊ നമുക്ക് കൈമറ്റില്ലല്ലോ അല്ല പോയില്ലേ അതിപ്പോ മനസ്സിൽ കൂടി ചെന്നാകുന്ന അനുഭവം ആവുന്നു തുടങ്ങി രണ്ടല്ലോ ഓടിക്കണോ നിങ്ങള് ഇരുമു ഇതുവാക്കല്ലോ അവിടെ പോയി അതാ വൈന മാതാ വല്ലം വൈന്നു കുഹ ആയ്യാ എന്നീ ഇൽ ആക്കിന് അത്ര തടയുന്ന സാധനം എന്താണെന്നറിയോ അല്ലഅബുദാനാണ് ഒന്ന് രണ്ടര വല്ലം ഫുസൊന്നു സഹോ ഹത്തിനെയും പൊട്ടിട്ട് മനുഷ്യ പിന്തിരിപ്പിക്കുന്ന നഫ്സ് ഇല്ല ആ നഫ്താണ് രണ്ട് വർഷം മൂന്ന് ചൈത്താനാകുന്ന മൂന്ന് തടസ്സങ്ങളുണ്ട് ഒന്നുകൂടി എണ്ണതായിരുന്നു ഏത് കൂടും എണ്ണണം നാലല്ല സാധാരണ എണ്ണല് ഇബ്രീസ് വർദുഞ്ഞി വൽവറ ഇബ്രീസുകി അംഫസ് വന്ന് പിന്നെ അബുദാൻ അല്ലെങ്കിൽ അബുദാൻ ആണ് നോക്കിയാൽ ശാരീരിക എണ്ണാം മൂന്നേ ഉണ്ടോ നാലെണ്ണ കൂ മികളിപ്പൊ നാലെണ്ണിബു വന്ദുഞ്ഞി വൽമറാം അപ്പൊ ഇവിടെന്ത് വേണം ജി ഹാമൻ എല്ലാ ഓരോരുത്തരും എങ്ങനത്തെ ആണ് അതാ കഹും ഈ മേൽപറയപ്പെട്ട കാര്യങ്ങൾക്ക് അതെല്ലാം അബുദാനി അംഫുസ് ഷീഫാൻ ഈ മേൽ പറയപ്പെട്ട മറുക്കോടാത്തിനെന്താക്കി രചിപ്പിച്ചു ജിഹാദു ഇവന്റെ ജിഹാദിൽ ജിഹാദ് ഒരു മറ്റിനോട് കുത്തിയിൽ ഇവന്റെ ജിഹാദിന്റെ ആ ചൂടായിരിക്കറിയത് ഈ പറയപ്പെട്ട മറ്റേ മൂന്ന് സാധനങ്ങൾക്കാണ് എന്നാ അങ്ങനെയല്ല മനുഷ്യനെന്താക്കുന്നറിയോ അന്ന് ഹറാ അയാൾ വെളിപ്പെടുത്തണം തുടങ്ങും ജിഹാദ് ചെയ്യാതെ കായികങ്ങൾ ഉണ്ടല്ലോ പൊള്ളലുഹിദീൻ അൽദീനാന്നല്ലേ ജിഹാദ് ചെയ്യുന്നവർ മുജാഹിദീകള് ജിഹാദ് ഇല്ലാതിരിക്കുന്ന ആളായ കായികങ്ങൾ ജിഹാദില്ലാതെ കായികങ്ങളായ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ കറുത്തല്ലാതെ ഈ പതിവിന്റെ വിരുദ്ധമായ പല പ്രവർത്തനങ്ങളും മറ്റോറിങ്ങനെ നോക്കി അത്ഭുതപ്പെട്ട് നിക്കാന്നല്ലാണ്ട് അത്ഭുതം കൂറുന്നാൽ മറ്റോറിങ്ങനെ പതിവ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും പല അചായകളും തിന്നാദ്യ തത്വം ഞാൻ എന്നോട് പറഞ്ഞു ഹുത്തിലുള്ള എല്ലാം എല്ലാ മകം നിറക്കത്തിൽ ലക്ഷ്യയച്ചാണ് ഇവിടെ തടസ്സം നിൽക്കുന്ന ആരാണ് അബുദാനി അംബുസുൻ സുശൈ കാര്യങ്ങൾ തടസ്സം നട ഈ തടസ്സങ്ങളുടെ തേച്ച് മാച്ച ദൂരീരിക്കുമ്പോൾ പണ്ട് അസുഖം തിരിച്ചു വരും പറഞ്ഞു അല്ലെങ്കിൽ കൊത്തു നിന്നുല്ലോ അത് മുക്ത അതിന്റെ സബറേതാ അത് കാണാം ില്ലേ അത കായിരങ്ങ പറഞ്ഞല്ലേ മായത്തടക്കല്ലേ അവർ വല്ല ഇവിടെ നമുക്ക് തിരിയാത്തേതേ ഉള്ളു അംഫസ് കൈന വേണ്ടത് കൊയ്്മന്നൊക്കെന്താസ് ജമല്ലേ അന നസു എന്ന് പറഞ്ഞ نفسنا راح عليك ركيبدل لذغه الشيطانو شيطان منن ذاك ينقصه وحربته ونلقي بتنا بين وان ام امصن لذغه ونقال انت هي التي تحريك صاحب هذه المعاصي والشهوات وري منشن ماسيته شهوات ليك قريبيكن ركيبنا نفسنا ذا امصن لذغه انه عباره ورد درستم ഒന്ന് ചൈത്താനാണ് മറ്റൊന്ന് അവതാൻ അപ്പൊ ഇവിടെ നെഫ്സ് കൊല്ലോ നൊഫോസിൽ നെഫ്സിനെ പറ്റി പണ്ട് ചർച്ച ചെയ്യില്ലോ ഒമ്പെന്താ പറഞ്ഞ പേരിൽ പറഞ്ഞത് പറഞ്ഞിട്ട് നെഫ്സിന്റെ വിഷയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പറയട്ടെ വൻ ലഫ്സു വൻ ലക്കലു വൻ കൽബു വം വസ്യമു അന്ന് അഞ്ചും എന്ന് തന്നെ ജയ് ഉമ്മാരി ഒരൊറ്റ സാധനം തന്നെയാണ് മുസമ്മെന്ന് വിവിധങ്ങളായ അവസ്ഥയിലെ പേര് മാറ്റം ഒരേയാൾക്ക് പേര് മാറും വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർ ഡ്രൈവർ എന്ന് വിളിക്കുന്നുണ്ടാകും അഴേ ആള് ഒരു മാർത്തിപ്പഠിപ്പിക്കാൻ ഒന്നാൽ എന്താക്കും ഉസ്താദെന്ന് വിളിക്കും അഴേ ആളെന്നെന്താക്കി ഹത്തീവ് വായിക്കഴിഞ്ഞാൽ ഹത്തീബിക്കാന്നാ വിളിക്കും ഇപ്പോഴൊക്കെ എത്തുമ്പോ മക്കളെ ഒഴിക്കും ഉപ്പാണ് അങ്ങ് സാധനം മാറുന്നില്ലല്ലോ അത് കൊടുക്കുന്നോ സാധനം ഒറിജിനൽ ഒറിജിനൽ ചടുത്തിണ്ടല്ലോ പിച്ചളെ പിച്ചളെ പുള്ളിയോ അപ്പൊ രാത്തന്നെ മാറിയില്ലേ അവിടെ നാത്തു മാറുന്നില്ല രാത്തു പണ്ടേ പണ്ടേ നൂറാനിയായ ആ സമ്പത്തുള്ളതിലേ കൊണ്ട് പറക്കപ്പെട്ട നൂറാനിയ തന്നെയാണ് അതിനെ പെരങ്ങിപ്പിറങ്ങിപ്പെരങ്ങിപ്പിറങ്ങി ഓരോ വാസത്തെയിലെന്താ കച്ചറ കൂടി ഇങ്ങനെ അട്ടി അട്ടി കച്ചറ കൊണ്ട് വന്നപ്പോ قطعاً لكي ما صادر بنت جروهر دونيه دونيه دونيه دونيه صادر مرد لها نفسي اكري قلب روحي سرع عنجل ان شيء مواحد اند محقق الصوفياء اما عابر الله مسميده وما تم إلا اللطيفة الربانيان ناسادنا ما نفسنا بيدي اللطيفة الربانيان ربنا كل اشارتك وطريق النوارين لطيفة عدوان ده اكلنا وحباط الخمسنا اندا قانيو جرام ஹைதரத்தி சாதிக்கூலார லதீஃபத்து வை அ ஹைதரலி புஞ்சோன போது சாதரான அபராஹி வஹீனன் வாபுண்டா ஹீனஸ்தபகத் நிஹா அல்பதனி அவ் அவரோ பேடு மாடுதா அப்போதி இஸ்ராஃபின் வாவ அவசியம் தோணுது அதா உண்டா நகரா ஹைதர ஹித பகம் வாவில்ல நானி வமா ஹம்மா இல்ல லதீஃபத்து வபாரித் ஹீனஸ்தபகத் நோரி மகா அங்கல அங்கட்டுல கைலான் தோதி போகுல்ல லே ലത്തീഫതുർ റബ്ബാനി അല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല സാധനമൊന്നേയുള്ളൂ പേര് അഞ്ചും ഒന്നും അപ്പൊ അഖലാകലെപ്പോൾ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് ആദ്യ ലത്തീഫത്തു റബ്ബാനക്കട്ടെ ഈ ശരീരവുമായി കോർത്തെടുക്കപ്പെട്ടു ിൽ എന്തിനാ തടവ് ആക്കിയിട്ട് ബാക്കിയാക്കുകയും ചെയ്തു അപ്പോൾ ഇഹ്തലിയുഹ അതിന് പേരങ്ങ് മാറാൻ തുടങ്ങി പേര് പറഞ്ഞു വീട്ടിൽ മാറി തപം അതിന്റെ ഇനം രംഗം മാറാൻ അനുസരിച്ചിട്ട് അതിനെ തറക്കിയനുസരിച്ചിട്ടു നോക്കിമത്തം ഇരട്ടിൽ കഴിഞ്ഞുകൂടുകയാണ് അപ്പോൾ അതിന്റെ അഫ്സൻ അപ്പൊ ഒന്നാമത്തെ അനുപേരും അതിനുണ്ടാക്കി ചെറിയ ഞെട്ടലുണ്ടായി ഇങ്ങനൊന്നും പോരാ ഇങ്ങനെ കടം കഴിച്ചാ പോരാ എന്നുണ്ടാക്കി ഒരു സജ്ജിങ്ങ് വന്നു അനിൽ മാസിയത്തിനെ തോട്ടിട്ട് അതിലുണ്ടാക്കി ഒരു കുടുക്കം പന്ന് ഈ മാസ്യത്തിലേക്ക് പോകലിനെ തോട്ട് കടിഞ്ഞിടക്കൊട്ടു ഇവിടെപ്പുറം പോലെ സോമ്യത്തെ ആക്കലൻ എന്ന അതിന് പേടി അനുഭവം ഒന്നല്ല ഇനി അപ്പൊ അതിന് തജിൽ കെട്ടിയതിന് ശേഷം മാറിയാ പോരല്ല ഉറച്ചു നിൽക്കണ്ടേ അപ്പൊ ഇത് താഴത്തേക്ക് ഉറച്ചു നിന്ന് ഉറച്ചു നിന്നാ തന്നെ ചിലപ്പോൾ മാറും ആറാനും മാറാതിരിക്കാനും സാധ്യത അവിടെ ബദൻ ബദനിന്റെ കാര്യവുമായി കെട്ടിമറിയുന്നു അതിലെ വലിയ പരിഗണന പിന്നെ തത്ബീറൊക്കെ ഉണ്ട് ആ രംഗത്ത് നോക്കുമ്പോൾ സമീത്ത് കൾബൻ അതിന് കള്ളർ എന്നുള്ള മറ്റേ തോന്നു എങ്ങനെ തോർന്ന് ബി ഓഹ ഇതിന്റെ അസ്ലീയായ നൂറിന്റെ സുഹോദി കാരണത്താൽ ആ ലൈറ്റിങ് അടിച്ചപ്പോറങ്ങുന്ന മൊത്തം ടോർച്ചർ ചോയ്ക്കട്ടെ കൊറേ അടിച്ചോണ്ടിരുന്ന അങ്ങനെ പ്രകാശിങ്ങനെ അടിച്ചു കൊടുക്കുന്ന പട്ടം ഉറപ്പു വെച്ചു അന്ന് റൂഹി എന്ന പേരായി അപ്പൊ നാടെ വന്നു ഇല്ലേ നഷ്ടായി അറ്റനായി കല്പുമായി റൂഹമായല്ലേതായി അവിടെ ഇത്ത സഫ എന്ത് സഫ എന്ന് പിടിച്ചതാക്കണം വസ്ബിൽ നിന്ന് പിടിച്ചാക്കിയാ പറ്റൂലഫ അങ്ങനെയാണെങ്കിൽ പിന്നെ മിനൽ ഹിസ്സിന്ന് പറയാൻ പറ്റൂലല്ല സഫ ഉടേതായി ആ ഹിസ്സിനെ തൊട്ട് അല്ല ഹിസ്സിൽ തൊട്ട് ബസ്ഫി സിപിച്ച് ഹിസ്സിനെ തൊട്ടെന്താകണം സഫ ഉടേതായ വസാറത്ത് മഹനൻ മഹനൻ ഹിസ്സിന്റെ ഒറ്റ പോയിട്ട് എന്താക്കി മാനൻ തനിച്ച മായനയായി മാറി അരാക്കത്ത് കംപ്ലീറ്റ് വിട്ടു എന്നാ സ്വമിയ സെർവൻ അപ്പോഴാണ് സിർന്ന് വേര് വരുന്നത് അപ്പൊ ലാശത്തെ മൊത്താമേതായി സിറായി വഹാദാ ഇതാണ് കാന അസുരഹ സിർവ് അസറാറില്ല ഇതുകൊണ്ടാണ് എന്താക്കിയത് റോഹിന്റെ അസുര അള്ളാഹുന്റെ അസറാറിൽപ്പെട്ട അസുറാറിൽപ്പെട്ട ഒരു സിറാണ് പണ്ട് പറഞ്ഞെ പറ്റി തങ്ങളോട് ചോദിച്ചാൽ കൊടുക്കേണ്ട മറുപടി എന്റെ റബ്ബിന്റെ അമലിൽ പെട്ട രാജ്യമാണ് അപ്പൊ എന്തോ സിർദ എന്ന് പറയാൻ പറ്റൂലാണോ വിശദീകരണം അറിയിക്കൂലെന്നാണ് അപ്പൊ സിർദനായിട്ട് അസലിൽ ഇങ്ങക്ക് വന്നിട്ട് നബ്സായു പറഞ്ഞു എനി ഇവിടെ എന്താക്കണം ഇങ്ങനെ ആരംഭിച്ചു അപ്പൊ അപ്പൊ അസലെന്തായി അല്ലാമല്ലി മുമ്പുള്ളതിനൊക്കെ അറിഞ്ഞതുകൊണ്ട് പൊമ്മാ എക്കോലുണ്ടാകാൻ പോകുന്നതും അല്ലാമത്താണ് സാധനവുമാണ് അതാണ് അലാമതൻ തെർവാ എന്ന് പറയുന്നത് എന്തിന് അഷിയ ഏതൊരു വസ്തുവിന്റെ ഉള്ളതുപോലെ നിഗൂഢതയിലേക്ക് ഇതാക്കിയ സാധനം അലാമിയ അല ഈ വസ്തുക്കളെല്ലാം ഏറെ രീതിയിലാണോ അതേമാതിരി ഇതാക്കി ചെയ്യും അപ്പൊ പിന്നെ ഇത് ഇതിലേക്ക് മറന്നു എപ്പോ അസ്റ്റിങ്ങനെയാണ് അല്ല അല്ലാമത്തായിട്ട് നിൽക്കുന്നു ോ ഇതിനേക്കാദിനെട്ട് അള്ളാഹുസുബന് കടത്തിവിട്ടപ്പോൾ അതിനെ കടത്തിവിട്ടു ഇലഹാൽ ഹിക്കുമീ ചില ഹിക്മത്തിനെ ഒളിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാലും വേറെ ചില കാര്യങ്ങൾ നടക്കും പക്ഷെ ചില ഹിക്കുമത് ഉണ്ടല്ലോ ഈ മണ്ണം കട്ടിയില് വെക്കണം വയനാമ്പി അലമത്തി കുതിരത്തിന്റെ കൊതിരത്തിന്റെ അലമത്തിനെ അറിച്ച് തരാൻ വേണ്ടിട്ടു ചില കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ വെച്ച ഹിക്കുമത് ംഭ്യ കീന്റെ മനസ്സിലാക്കി തരാൻ ഇൻ ഹീ നറസിദ്ധിച്ചതായി അന്ന അസുലിഹ അതിന്റെ അസുലിയ തൊട്ട് മറസിദ്ധിച്ചതായി മാറി വഹാബ അന്ന ലാലൽ പണ്ട് കെട്ടിയാലും ഇതാക്കെല്ലാം ആയിബായിപ്പോയിന്നാണ് അതുമായി പോയിന്നല്ല വന്നത് ആയിബായിപ്പോയി ഭഗവാൻ അത് മറന്നുപോയതാണ് മഹാ ഹ അത് ബന്ധപ്പെട്ട മഹുതകളുണ്ടല്ലോ അതിന് പരിചയമുള്ള സ്ഥലങ്ങളും മഹാനി നല്ല മറന്നുപോയതാണ് എങ്ങനെ തരുബീരി ഹാതൽ ഹൈക്കരി മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ഈ ശരീരത്തിന് തതിബീറുമായിട്ട് ഇങ്ങനെ നേരം കളഞ്ഞപ്പോൾ എല്ലാം എല്ലാം കണ്ടുമാറുന്നു കണ്ടല്ലോ ഇവിടെ പഠിച്ചു വച്ചിട്ട് വെറുതെ പോയിട്ട് വേറെ ജോറി ചെയ്യപ്പെട്ട ആ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ മറവി സംഭവിച്ചതാണ് ഈ ഹൈക്കൽ തീനിയുണ്ടല്ലോ ജമീലുബിഹ നഫ്സു നാസിക്കിനെയും കൊണ്ട് പോവുകയാണ് ഇര അസിനി അതിന്റെ അസലിലേക്ക് ഹൈക്കലിന്റെ അസിലേതാ ഭൂമി അതുകൊണ്ട് ചാഞ്ചു പോകുന്നു ഇര അർദ്ദുഷഹബാത്താകുന്ന ഭൂമിയിലേക്ക് ചാഞ്ചുപോയി അല്ലി എങ്ങനെയുള്ള അബ്ദുഷാത്താണ്ഹ ബിൽ ഹി ബിൻഹ ഉണ്ടായിത്തീർന്നത് ശരീരം ബിൽ ഹെക്കുമത്ത് മുഖേന ഷാമാത്തിൽ നിന്നാണല്ലോ ശരീരം ഉണ്ടാക്കപ്പെട്ടെ അതിലേക്ക് ശരീരം പിടിച്ചു വലിച്ചോളു ശരീരം ആണോ പോട്ടെ അതിന്റെ വേയില റോഹിനെ ഇങ്ങോട്ട് വലിച്ചു അമ്മ മാറുന്നു എത്തരത്തിൽ വയ്യ ഊഹാണെങ്കിലോ അസ്ലിലേക്ക് പോകണം നാട്ടിൽ പോകണം നാട്ടിൽ പോകണം എന്നുണ്ട് ഇനി വളപൊളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സ്വന്തം കൂടിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുക അങ്ങനെ അത് പറഞ്ഞാൽ അതിന്റെ കൂട്ടിലേക്ക് ചിറകെട്ടടിച്ച് കഴിഞ്ഞാൽ വചകത്ത് കഫറൽ ശരീരമാകുന്ന കഫറുന്ന കഫുതെന്നുള്ളത് ഈ ശരീരം തന്നാകുന്ന ഈ കഫറുണ്ടല്ലോ ഈ ശരീരത്തിലൂടെ അതിനോട് തന്നോ വല്ലാത്ത വിരത്തി ആളോഞ്ഞിട്ടില്ലേ ശൂന്യമായ സ്ഥലത്തിനോടല്ല കഫറെന്ന് പറയുന്നു കാടും ശൂന്യം വിജനം ഈ ബദനാകുന്ന വിജനത്തിനെത്തിക്കും മുഹീദ് തമ്പിഹ അതിനോട് ഇഹാത്തെത്തിക്കും ഇതിന് ശോക്കം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഇതും എല്ലാതും നടത്താം ചിലപ്പോന്താകും നല്ലഹാത്ത് ഉണ്ടല്ലോ പട്ടലും പണിച്ച് ചിലപ്പോ റൊക്കസും ഉണ്ടാക്കും ഇവിടെ আরবিয়াতিল ইজ্জি বালকি কibriya kibriya izhatinde ee birippinde porathadonn kadiriyathu buttu poangiyillalla eedilonde ingane shokam aanikun a mahabubune petti kekkumbo sheriyam buttu poatta kayiyilla eedilonde kofi daalike eppol sheikh abu madina r.a petti paranjaadille yuhadlikuna dikurul ahadiyang komu walau lahaakum fil hasama taharwakina നമ്മളിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ പറ്റിയുള്ള വാർത്തകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കളക്കിപിടുന്നു ഒന്നാമത്തേക്ക് എത്തിയ തരക്കെല്ലാം ഷൗക്കുകൊണ്ട് ഹ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള മഹബത്തില്ലായിരുന്നുവെങ്കിൽ മാ തഹക്കിനായി വാർത്ത കേൾക്കുമ്പോൾ നമ്മളെ കണ്ട ആവശ്യം അതുകൊണ്ട് നമ്മളെ ആരെയാത്ത ചെലവിണ്ടാവും അതെന്തിനാന്ന് പറയുമ്പോൾ ആടെ ഒരിക്കലും ഇങ്ങനൊരു ചോക്ക് കാട്ടലല്ല എന്തിനാന്ന് സപ്പുൽ അനിൽവതി അനിലഹു ഇതാലം തൊക്കിൽ നീ പറഞ്ഞോ ആരോട് ലില്ലാ അനിൽവതി അഖിലഹു ലില്ല അല്ലെങ്കിൽ ഒരു മുതലേർക്കുണ്ടാവും ഓൺ എന്താക്കും അവൻ വിലങ്ങും പാടില്ല എന്ന് പറയും അനിൽ വജു ഈ വജു കാട്ടെല്ലാം തൊട്ട് തടയും അരികാരോട് പറഞ്ഞു വജു കാട്ടാൻ പാടില്ല നിങ്ങൾ ആടാൻ പാടില്ല കുഞ്ഞാൻ പാടില്ല ഏഹ് അങ്ങനത്തൊന്നും ഞാനോദി കിട്ടാറുന്നില്ല അനുസാദോ അല്ല പറയലുണ്ടല്ലേ അങ്ങനെ തടയാൻ വരുന്ന മുരാർക്കാനോട് നീ പറഞ്ഞോ ഏ മുലർക്ക ഇലാലം തതുക്കു മഹന നമ്മളോടൊപ്പം നീ രുചി നോക്കുന്നില്ലെങ്കിൽ ശരാബ് അല്ലവാ എന്തിന്റെ ശരാബ് അൽഹുട്ടല്ലോ ആ പാനീയത്തിന്റെ രുചി നീ നോക്കുന്നില്ലെങ്കിൽ നമ്മൾ ചാടിയിൽ നീ പോട് നമ്മളൊക്കെ കൂടണ്ട നമ്മളോടൊപ്പം ഈ ഷവാബുൽ നബാന്റെ നോക്ക് ആസ്വദിക്കുന്നില്ലേ എന്നാ നിന്നോട് കണ്ടു നീ നമ്മളെ വിട്ടേ നമ്മളെ ഓടി ചോദിക്കോളൂ നീ പോന്നു വിടാ ഇലാലം തവർക്ക് മാനാൻഡാണ് അപ്പൊ എന്താ <meleries> and and and and ം തതുക്ക് മഹാന നമ്മളോടൊപ്പം നീ നമ്മ ആസ്വദിച്ചിട്ടുണ്ട് നമ്മളോടൊപ്പം ഷറാബില്ലാൻ ആസ്വദിക്കാത്ത പക്ഷം നീ നമ്മളെ വിട്ട് കൂടുന്ന പറയും നമ്മളെ കൊടുത്തിക്കൂടണ്ടി അപ്പൊ കൊക്കോലു ഷറാബാന്നുള്ള എന്താക്കി മൺസൂബാണ് എന്തിന്റെ തതുക്കിന്റെ ഇതാലം തതുക്ക് മഹന ഷറാബറാബ് ം തീ ആസ്വദിക്കാത്ത വർഷം എന്തിനെ മഹനുൽ നവാ ഷറാബുൽ നവാന്റെ മഹനാനെ ആസ്വദിക്കാൻ അതായിരിക്കും അപ്പൊ ഷറാബ് എന്തായി മുതാബു ലേഹിയായി അപ്പോൾ മജുരൂറായി ഇപ്പൊ മഹ്ബുലേതായി മാറി ായി സുഹുനാക്കി വഹിച്ചാൽ രണ്ടിനു സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് അത് മാബിന്റെ ശർഹ അതിലൊരു വിധാന പറയുന്നതാ ഈ പതിമാത്രം ഈ കഥ എടുത്ത് വെച്ചിട്ടുണ്ട് മുഴുവനില്ലാതെ എങ്ങനെ ഉള്ളിൽ വെച്ച സാധനം പുറമെ പ്രകടമാകും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സ്ഥലത്ത് എന്തോന്നിട്ടുണ്ട് ഇത് അറുവാൻ ആചാരോദിക്കേണ്ടത് ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പുറമെ ശരീരത്തിൽ പ്രകടമാകും എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തും പറഞ്ഞു മറച്ചോക്കില്ല അപ്പൊ ഉള്ളിൽ ശൗക്കാണോ ശൗക്ക് പ്രകടമാകും ഉള്ളിൽ മാമ്പത്താണോ അത് പ്രകടമാകും ഉള്ളിൽ സുഹൃത്താണോ അത് പ്രകടമാകും വാളൈക്കും അത് ഉദാഹരണം പറയാ ഇത് അറുവാഹു അറുവാഹൻ തായി ഹിദ്തായി اني ذنني شوقا اللقاء محبوبا كانا برد له شوقان ارواحينا ابتذاس واناد نعم هذا ترقص الشباو شريعا ذات الرصيه ندوا ارواحنا ابتديت كي باطني انا له اشباع انه يقول اشباع يا جاهل المانه المانه انقولنا تملشا ابو نيته اذا لم تذكم معنا نوكنت لا جاهل دون توقيه جاهلي لوكنه بشائت الجاهلي അതിന് പറഞ്ഞെന്താ തന്നൂർ തന്നൂർ നീ പക്ഷിനെ കാണുന്നില്ലേ എങ്ങനത്തെ പക്ഷി അൽമൊക്കെ പക്ഷി ഞാൻ ഏ മനുഷ്യ കൂട്ടിലടക്കപ്പെട്ട പക്ഷിനോട് ഇല ദുഃഖിറു ദുഃഖിറല്ലോ അതിന്റെ സ്വന്തം ഭവനത്തിനെ കുറിച്ചിട്ട് ഹൻ നയിൽ മകൻ അതിന് താമസിക്കാൻ ഈ കൂടെ എല്ലാം എനിക്ക് വേണ്ടത് എനിക്ക് അവസ്ഥയിലേക്ക് മടങ്ങണം എന്നുള്ളൊരു ശോക്ക് ഇങ്ങനെ ആ പക്ഷിക്ക് അനുഭവപ്പെടുന്ന ആണില്ലേ ആ മാഷി നർക്കത്തിനെപ്പി കൂടുള്ളൂ തകലീന് അതിന്റെ കടകള ശബ്ദത്തിനാണ് പർവത എന്ന് പറയുന്നത് മാമി ഫുഹി അതിന്റെ ഫുആആദിനുള്ള ഒന്നിനെന്താക്കറിയോ തകനിയത് കൊണ്ട് അതിങ്ങനെ വിളക്കി പറഞ്ഞു മനസ്സിലാക്കി തരിക അശോക്ക് പ്രകടമാക്കി അത് അതിന്റെ പാട്ടാണത് അപ്പൊ അറബാബല്ലോ ബുദ്ധിജീവികൾ എന്താക്കും തറമ്പിലാക്കും ഇതിന്റെ മുളക്കെ ഈ ശബ്ദങ്ങളിലൊക്കെ തരിക പിടിച്ചെടുക്കാൻ ഉണ്ടാകും ഇതാകാ അലങ്ങാനും തകനീത്താക്കി നല്ല രാഗത്തിന് പച്ചക്ക് പാട്ടുപാടിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകളെന്താക്കോ തറമ്പിലാക്കി കളയുന്നുണ്ട് ويرقص في النقفات شوقا الى اللقاء فطال طريب العلماء في الحس والمعنى ويرقص وقسن راقته الرقص في اللقفاسي ا تفصلت شوقا لللقاء محبوبا اليس انا نااديك عن കണ്ടുമുटे शौक വെച്ചുകൊണ്ടിപ്പോൾ فطال طريب العلماء ابو علالن تغو اضطرا باقو في الحس والمعنى ഇപ്പൊ വണ്ടി ഷാർട്ടാക്കി വെച്ചിട്ട് വണ്ടി റൈസാക്കി കൊണ്ടുവന്നോക്കി കേട്ടാ ഈ ബോഡിങ്ങനെ കുളിക്കുന്നതാണല്ലേ ഇഞ്ചിനില്ലേ വിളിക്കുന്ന തുറങ്ങുന്നുള്ളൂ റൈസാക്കുന്ന പേരുണ്ടായി ബോഡിക്ക് ഉണ്ടാവുന്നില്ല സീറ്റലിൽ ഉണ്ടാവും കുളിക്കുന്ന ആണല്ലേ അപ്പോ റത്തത്തിന്റെ ഹാരിണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രകടമാ തീർച്ചയാണ് അതൊക്കെ തന്നെ തെളിവ് കനാലിക്ക എന്നായി പക്ഷി കാട്ടുന്നത് ഓരോ അറുവാഹൽ അറുവാ துஹ்ஸிதுஹல்ல சுவாக்குல் அல்அலமில் அஸ்னா வன் Nizamul alamilikkulla shaukan thaqum idina ithithathu kulliki arul zihuha bisabiri wahiyya mashukathun wa hal yataqi'us sabr man shahad al ma'ina adun anul zihuha i indalla idinodu nam nirbandikkano bisabiru kshamikkanam kshamikkanam kshamikkanam endu rattadi kuningalla kuningalla anengalla nadu sabaru undu എപ്പോ നമ്മ ഈ ആക്കാൻ വികരിക്കുന്നു അത് നടക്കൂല എത്തരത്തിൽ വഹിയ അത് മശൂക്കത്തിൽ ചോക്കപ്പെടുന്ന സാധനം ഇങ്ങനെ അങ്ങോട്ട് കാണാൻ ചോക്കുന്ന പോരിന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ചോക്ക് വെക്കുമ്പോ സബുറാക്കൻ എപ്പോൾ ആദ്യമാത്രം കഴിയുമോ ബഹാൽ സാധിക്കുവോ അറിമാന ആ മാനാന മുഷാദ ലഹിതരാക്ക് ഇവിടെ ആനങ്ങാണ്ടും കുലിങ്ങാണ്ടും സബുറാക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യം പറയുന്നു ആ പാട്ട് രണ്ടു അവർത്തിച്ചു വരുന്നുണ്ട് അല്ലേ നോക്കാ أنظيمها بالصبر وهي مشوقت وَهَلْ يَسْتَتِعُ الصَّبْرَ مَنْ شَاهَدَ الْمَعِنَانْ إن دا إلاخ قلامه باتت دورو جيد للا إلخش إلخش داوري بابنه أكبر آه صارت لزميش الأل داوري بابنه أكبر سمع الاب إن داوريا منا علامة درّاكتم إن دا لببارنواند أفع علمو أنت إدراكو أنت ഇൽമ എതിരാക്കത്തിന് അസറ്റ് ചെയ്യാൻ രണ്ട് വസ്തുവെന്നല്ല പറഞ്ഞ അമർത്തു കുതിസുള്ള ഞാൻ അത് പറയാ അപ്പൊ ഈ അഞ്ചെണ്ണത്തിനും വേണ്ട ഇൽമ എതിരാക്കും ഏതല്ലോ നക്കാമനും വേണം കൽവിൻ ആക്കാമനും വേണം ഓഹിൻ ആക്കാമനും വേണം അക്കല ഇസ്റ്റിലാൻ്റാക്കാമിൽ പോലീപണ്ണുകളെ മൂപ്പർവാന വൃത്തി വല്ല വരിക നഫ്സ് നഫ്സ് പോയിട്ട് പിന്നെ കൽബാണ്ടാല് പിന്നെ അക്കലാണ്ടാല് പിന്നെ റോഹാൻഡാല് പിന്നെ സിഡായാലും നോക്കറ പറഞ്ഞ വൃത്തി പറഞ്ഞ ആദ്യം അതും വേറെ രീതിയാണ് നമ്മൾ ഇസ്തിരാതി ഇതറാക്കിന് വക്കാമ്പിൽ കൂടി നെങ്ങിയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല ആദ്യം നഷ്ട ഉണ്ടാവില്ല പല ഐറ്റം മാറി കൂടി കൊണ്ടുപോകാം നഷ്ട എന്ന അവസരത്തിൽ ഇവിടെത്തെ അടിമാറ്റി ചുവലായിട്ട് ഒന്നും ഇല്ല അങ്ങനെയുള്ള കഴിഞ്ഞു ഈ എന്താ പോയിട്ട് ആ ശുദ്ധീയ കാര്യങ്ങൾ തിന്നെ കുടിക്കണോ ഉറങ്ങണോ അതിന് നല്ല തിന്നാൻ കുടിക്കാൻ വേണ്ടി പാനീയങ്ങൾ വേണം ഉറങ്ങാൻ വേണ്ടി കിടക്ക വേണം അതിനൊരു കൂളിങ് വേണോ ഒരു പങ്ക് വേണോ പിശിക്കാൻ വേണോ പിശിച്ച് പുതുക്കാൻ പോകണം ഇതെല്ലാം കൂടി എന്താക്കി അതിന് ഇതരാക്കന അതിന് ധാരോ ഹോമിനല്ലിരുന്നു അവിടെ നിന്ന് കുറച്ചും കൂടി കുടുംബാണ് കൽവിന്റെ വക്കാമിലീതി ആയ കാര്യങ്ങളിൽ കൂടി കൽവിയെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൽവിൽ വെക്കുന്നത് അതിന്റെ അപ്പറ അക്കർ ഉപയോഗിച്ച് ഇസ്തുഗാരിലേക്ക് പോകുന്നു പിന്നെ ഓയിൻ്റെ വക്കാമ് പിന്നെ സ്ഥിരൻ്റെ വക്കാമ അത് ആ നിലക്ക് നോക്കി ചെയ്യും വാ നിരക്ക് നോക്കാം എങ്ങനെ കഴിയും കൽബാതെങ്കിൽ കുഞ്ഞാലിലും ആഹ്ലത്തിലും അക്കലും ബാധ്യതകളും അങ്ങനെ കണ്ണലെല്ലാം വീണ് കളിക്കുകയാണ് ഇങ്ങനെ അങ്ങോട്ട് നിങ്ങളുടെ മുത്തക്കള്ളി പായി ചീരാൻ ഒരു ഇതിലാണ് അങ്ങനെ അതും അത് ആ അവസരത്തിൽ കണ്ടു എന്ന് പറയാം അതിന് കുറച്ച് ഇന്മെല്ലാം കിട്ടിയിട്ട് ഞാൻ റഫാസത്ത് വന്ന് ഞാൻ പറഞ്ഞാൽ സാധാരണ ആളൊന്നുമല്ല എത്തന ഓഫീസിലും മുത്തനാഫീസിലും അതിൽ വിലപൊടിച്ച് സാധനമായി മാറുമ്പോൾ നിലക്കെന്താക്കാൻ അസുഖം എന്ന് പറയാം അമ്മ കുറച്ചും കൂടെ എന്താക്കണം ഇങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോലെ കുറച്ച് ജീവിതത്തിന് കുറച്ച് കൺട്രോളെല്ലാം അക്കല എന്ന അത്തരത്തിൽ അതിനെ താങ്കൾക്ക് കുറച്ച് ലാറ്റല്ലേ റോഹായി പനിരവുമായി പറ്റബന്ധം മുട്ട് സീറിന്റെ ഏത് കൊലപ്രകാരം എണ്ണിയാലും ഇത് തന്നെ സിറ് ലാസ്റ്റ് തന്നെ നെഫ്സ് ആദ്യം തന്നെ അപ്പം അന്ന തത്തോപ്രാത്തി റോഹി റോഹിന്റെ തത്വപുര എണ്ണി നെഫ്സ് അകൽ കൽബ് റോഹ് ഇങ്ങനെ നമ്മെണ്ണി എണ്ണീ തത്തോപുറാത്തി ഏത് ഇരക്ക് ആദ്യ ഒന്ന് മിനസ് ഒന്ന് നെഫ്സ എണ്ണി രണ്ടെണ്ണിന് അക്കലാണ് മൂന്നെണ്ണിത് കൽബാണ് നാലെണ്ണി റൂഹാണ് അഞ്ചെണ്ണി സിറാണ് ഇത് കുല്ലു തൗകലിൻ ഓരോ തോറുടുക്ക നർസ് എന്ന തോറുടുക്ക അന്ത ശരീരവുമായുള്ള ബന്ധപ്പെട്ട ശരവാസം ഇരാജിങ്ങനെ കഴിഞ്ഞൂടെ നിന്ന് അതിനപ്പുറം ഇപ്പൊ നോട്ടയില്ല എന്ന പിന്നെ സിറില എന്ന അവസരത്തിൽ ബാഹ്യരോഗമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അങ്ങോട്ടാ പോയി തന്നെ അമരത്തിലേക്ക് റൂഹിനും അങ്ങനെ പക്ഷെ അത്രത്തോളം തൂല സിറിന്റെ അത്രത്തോളം كل طورين اورا طوروڑ کا ابو حدن ادلی اور اٹموند انتا اٹم ینت ہی لی ادلی کتوکیل علم و ادراک علم ادراک نے وشیات یہدا علم ادراک تا تبن ولم تسل کل نفوس اللعیاء علامہ دراکت للشیات ابو اور اشیاء کلنکم علامہ دراکت അപ്പൊ നെഫ്റ്റിന്റെ മക്കാമിൽ അതിനെന്തുണ്ട് ഒരു ഇൽമുണ്ട് ഒരു ഇതറാക്കുമുണ്ട് ഇതിറാക്ക് ചെയ്യപ്പെടുന്ന ഒരു മാരോമൻ ഒരു മുദ്രക്കുമായ സാധനമുണ്ട് അതിന്റെ അപ്പുറം കുട്ടിയോട് നമുക്ക് എടുക്കാം നെഫ്റ്റിന്റെ മക്കാമെടുക്കാം എന്നെന്താണ്ടാല് അതിന് ഇൽമുണ്ട് ഇതിറാക്കുമുണ്ട് അതിന്റെ മരോമേതായിരിക്കും ഈ തടി ഹവാക്ക് വേണ്ടത് എന്തെല്ലാമോളം ഇതിനെ തൃപ്തിപ്പെടുത്താൻ ഇതിന്റെ ദാൻ ആവശ്യമായ കാര്യങ്ങളും അതെപ്രകാരം നമുക്ക് ഉപയോഗപ്പെടുത്താം അതെപ്രകാരം ഔർക്കുമതി ചെയ്യാം അതെപ്രകാരം സൂക്ഷിക്കാം ഇതിലായിരിക്കും അതിന്റെ ഹത്തിന്റ അതിന്റെ അപ്പർ മുട്ട് കൊടുക്കില്ല ഇതിൽ തന്നെ പെരുമില്ല അപ്പൊ അവിടെയുണ്ടെന്ന് ഇതിന് കൊണ്ട് ഇതിലാക്കൊണ്ട് മാരൂമും മുതറക്കുമായ അഷിയാവുണ്ട് പക്ഷെ അഷിയാവ് നത്താണതായി പോയി മാത്രം ഇതല്ലേ ഇനി ആക്സിഡന്റ് മലിനി മകൻ മജ്ജമാക്കാൻ പറ്റോക്കൂര് എന്തുകൊണ്ട് ആനവിൽപ്പെട്ട ഒരു കൗല് കണ്ടു കഴിഞ്ഞാൽ ആ കൗലിൽ നിന്ന് മുത്തബലിനെ കണ്ടെത്താനുള്ള നെതൽപ്പിക്കുന്ന തർക്കീവ് എങ്ങനെയാണ് അതിലേക്കൂടെ അങ്ങനെയാന്ന് കടന്നിട്ട് അവിടത്തേക്ക് എത്തണം മുക്കമ്പരിലേക്ക് എത്തണം അമ്മ താമൽ നഖമ ദർബ മുതുറ ദതുല ന നഫ്സിന മഖാമൻ നക്തന വസലത ലൗദത ഖതുല സിദന മഖാമന ഖതുല അദ വടിബുദനോ അദ അമിനൽ ഫിൽ ഇൽമി അപ്പ മുമ്പവറാന അല്ലാമതൽ എന്ന വാക്യൻ അഫ്ലി ശർവതൻ വൽ ഇദ്രാകത ദർറാതൻ എന്നോ പറയ് നോക്ക അമ്മ നഫ്സു നഫ്സുർ കാ അദ ലനമതദ ഫഹദ്ദ ഇൽമിഹാ വ ഇദ്രാകിഹാ അതിൻടെ ഇൽമിന്റെയും ഇദ്രാകിന്റെയും ഹദ്ദ് ഇൽമോണ്ടിലെ അല്ലാമത്തും ഇതാക്കി നാക്കത്തും ഏതായിരിക്കും അതിനകത്ത് നാഹുൽക്കുള്ള ദീനത്തെ ഏതാണോ അതായിരിക്കും അപ്പൊ ഏതായാലും ഇൽമോണ്ട് ഇതാക്കുണ്ട് പക്ഷെ മുതറക്കായ വസ്തുതാണതായി പോയി അതെന്താ ഈ ഹൃദയൻ അത് ചതിക്കപ്പെട്ട വേണ്ടി ബി മുത്താഹിൽ ഈ നാഹുൽ കാണുന്ന സൌഖ്യുണ്ടല്ലോ ഇതുകൊണ്ട് ചതിക്കപ്പെട്ടു ഇന മാവോ റാഹിൽ ഒന്നുണ്ടെന്ന് ആഴത്തെ ചിന്തിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ചതിക്കപ്പെട്ടത് മാത്രമല്ല അതിന്റെ നാഹിന് മുത്തേത്താണെങ്കിലും ബാത്തിൻ്റെ ഇബറത്തുണ്ടെന്ന് കണ്ട് എനിക്ക് മിൻ പറഞ്ഞിട്ടുണ്ട് നാഹിരന്തായിരിക്കും മുത്തേത്താണ് നമുക്ക് സൂക്ഷിക്കാനുള്ളതാ ബാത്തിനോ ഇബിറത്തുവാ ഉദാഹരണത്തിന്റെ ഒരു മണം പഴങ്ങിൻ്റെ എടുത്ത് നാഹിൻ എന്താ ഈ കാണാൻ നല്ല കൗതുകം ഇന്റെ കണ്ണിനുള്ള മുത്താത്ത മണത്തോക്കുമ്പോൾ നല്ല മണം രുചികരമായ മണം നോക്കിനുള്ള മുത്താറ്റം ഹവാസിന്റെ െ ആ വേണ്ട മുറുക്കിപ്പോ ബ്രഹ്മപ്പെട്ട് മുറുന്നോക്കുമ്പോൾ രുചി നാവിനുള്ള മുത്തലത്താണ് നൌക്കിയുള്ളത് പക്ഷേ ഇവിടെ പഞ്ചേന്ദ്രങ്ങളിൽ പെട്ട കണ്ണിനും മൂക്കിനും നാവിനുള്ള മുത്തോടെ കിട്ടിയിട്ടുണ്ട് ആദ്യു പുറത്തേക്കൊന്നും ഇല്ല ഇണ്ടാ പക്ഷെ ഇവറത്തെവിടെ ഇവർ കിട്ടേണ്ട കല്പിനാന്ന് ഇവർക്ക് കിട്ടിയിട്ടില്ല അതിനാ പറഞ്ഞ ഒന്നുറോ ഇരാ തമനീല അത് പെഴുത്ത് പാകമായിട്ട് തിന്നാനുള്ള ഭാഗമാകുമ്പോ ഒന്നുറോ ഒന്ന് മുത്തരത്തിന് വേണ്ടി നോക്കണമെന്നല്ല കൽബിന്റെ വിവരത്തിന് വേണ്ടി നോക്കണമെന്നാ ആരാണിപ്രകാരം പഞ്ചായട്ടി പാകത്തിനാക്കി തന്നത് ഓണൊന്ന് നോക്കിട്ട് ഇത് ഒന്നാകുകയായിരുന്നു ഇതിൽ ഓരോ പേരും പറഞ്ഞ് തിന്നു എന്നാ പറഞ്ഞത് തിന്നുകഴിഞ്ഞ അത് ആക്കി തന്നുകയും പറഞ്ഞോളൂ അപ്പൊ ഇവ്രത്തോടെന്ത് കൽബിനുള്ളി ആ മുറു ഇല്ലാത്തവരി ഇല്ലാതാക്കന്മാറ അപ്പൊ സാധനത്തിന് രണ്ടു രണ്ടു പതി ഒന്ന് മുത്തരത്ത് മറ്റൊന്ന് വിവരത്ത് ഇവറത്ത് കൊണ്ടത് കൽബിനി അതിൽ കൂടിയാണ് മുക്കമ്പിലേക്ക് മുത്തലത്തിൽ മാത്രം ഒന്നാൽ എന്തായിത്തീരും പഞ്ചാന്തരീങ്ങൾക്ക് അതുകൊണ്ടുള്ള സുഖം ആസ്വദിച്ച് സാധനങ്ങൾ തീർന്നു അത് അഞ്ച് ചണ്ടിയും മുണ്ടിയും എല്ലാം ബാത്റൂമിലേക്കും പോയി തലമുറ കിട്ടാണ്ട് കിട്ടിയില്ല അപ്പൊ വറഫലത്തീ ബാത്തിന് ബാത്തിന്റെ വിപുറത്തുണ്ട് എന്നതിന്റെ തൊട്ടായി ഫലത്തായി മുത്തലത്തൊന്നും ലാഹിര കൊണ്ട് മാത്രം കഴിഞ്ഞുപോയി തണി ഹവാന്റെ മൂന്നുകൊണ്ടും ഹാഹാരത്തിന്റെ ഹവ കൊണ്ടും ശുലായ കാരണത്തിന് വേണ്ടി അതിന്റെ ഇതിരാക്കും അതിന്റെ ഒരു അത്രേ ഉണ്ടാവും എന്നാലുണ്ട് ഇനി അതിന്റെ രണ്ടാമത്തെ വർത്ത പേതാണ് ആക്ലല്ലേ നോക്കാം ആക്കി അതിനുണ്ടെങ്കിൽ ഇൽമ വേണം ഇതിരാക്കും വേണംഹത്തി ഒരു സുൽഹത്ത് കണ്ടുകഴിഞ്ഞാൽ ഒരു സാനി ഉണ്ട് എന്ന് അച്ഛന് ബോധ്യപ്പെടുന്നു അപ്പോൾ ഈ സുൽഹത്തിന് ഇപ്രകാരമാക്കി സാനി എന്നാണ് അതിന്റെ താലുഖവും അപ്പൊ ഇസ്തുതിരാസ്തിരാളി ഗുരുഹാനിലേക്കാവും അന്നിട്ട് അവ സാധനം ഈ സുന്നഹത്തെ ഇവിടെ ഉണ്ട് സമ്മതിക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടായി ഇപ്രകാരം ആ ക്യ കരുതുന്നു അതാണ് ഉദ്യോഗിക്കണം വയറു തുഹ എന്നിട്ട് ഈ സുന്നത്താക്കുന്ന സാധനത്തിനെന്താക്കും മടക്കും മടക്കുന്നു മാല്ലേ സാണിങ്ങനെ മാം അതായത് കൗനിൽ നിന്ന് മുഖാമിലേക്ക് വരുന്ന ഹഹദ് ഇദ്രാക്കായിരിക്കും അതിലുണ്ടാകുക അതിന്റെ മൂന്നാമത്തെ വക്കാൻ പറഞ്ഞത് ഫഹദ് അപ്പൊ നേരത്തെന്താ സ്വഹത്തിൽ കൂടി സാണിയനെ കിട്ടിയപ്പോൾ ഇനി ഓനുമാറ്റി കുറച്ച് കെട്ടിമറിയണമെന്നാണ് കൽവിന്റെ പോക്ക് അൻവൈരി ദാനിക്കുന്നത് സാനി ദാനിക്കാനി അല്ലേ സാനി അല്ലാത്ത ഒന്നിൽ നിന്ന് നാക്കോ ഏറ്റെടുക്കുന്നതല്ലേ സുഹത്ത് മുറക്കാം സുഹത്ത് ഈ മസുനോയിൽ നിന്ന് സാനിനെ കണ്ടെത്തുന്നു അപ്പൊ ഈ സാനി മസുനോ ഇല്ലാത്ത കാലത്തോളം ആയിക്കാർ അതെല്ലാം ി തദ്ദം തന്നെ സാനിര കഴിഞ്ഞ വസത്തിലേക്ക് പിന്നിറങ്ങുന്നു അലേഹിന്നല്ലേക്കുന്ന പറഞ്ഞു ആർക്ക് അങ്ങ് ഇങ്ങോട്ടേക്ക് ഒമൻ അലേഹി അലേഹി അലിയുമ്പോ ഈ ദലീലില്ലാത്ത കാലത്തോളം മറ്റു കുട്ടികളല്ല ചെല്ലുമ്പോ ചോദിച്ചേ ഇത്രയും ലാഹ്യായ സാനിഹി ദലീലേക്ക് ആവശ്യമായി പോയാലോ നിങ്ങക്ക് കരുതി തരാനെന്ന് ദലീൽ ഏതാന്ന് ഹാദിറ്റോ കതിയുമോ ഹാരി അപ്പോ ഹാദിറ്റ് ആ ഒരു സാധനം എനിക്ക് അനുസരിച്ചോണ്ടോ കഥ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നത്തില മോശിപ്പോയോ അപ്പോ കൽബിന്റെ അത്തേടെ ഇൽമിത്ര ഈ ഹാരികനേക്കുള്ള തവജു എപ്രകാരമാക്കണം എന്താണ് അങ്ങനെ അപ്പം തിരക്കിൽ അകയാൽ അകയാറിനല്ലോ ഇക്കണം ഓ തലബിൽ അൻവാറിന് തേടിപ്പോയി വേണം അപ്പൊ തറുപ്പിൽ അറിയാൻ എന്താ വന്ന് തഹലിയറ്റ് വന്നു તલબુલ અનવાર લોહતા હલિયતും બુ અબ ફકદ ઇન્તલક મિન અલલિકાલ અબ કટિલ ન્યુન્દા કી તરકુલ અરિયારો ઓડુગોડી નદાકી કટિલ લૈન્યુ કટિલ નૈજેલે કટિલ નૈજેટ વસદદ ફી તલબી મૌલાહુ રિહાલ અબનુ મૌલાના તેરન વિષયતેયાલ બંદાકી અલ રિહા સદદુ રિહાલ સદદના બકુલ અલ રિહાલ ઇલલિકાલ વસદદ ફી તલબી મૌલાહુ રિહાલ બાહના તૈયાલા કી ઓજી વામરુશ إن روحي نمكابل <سؤال> وفحده المعوه إدراك مباجهة وأنمار الملك ودفن نهتا تفجّها ورن أنمار التفجّه ورن أنمار مباجهة ورن متصوّفون صوفينا من الجاسم ورن تفجّه ورن شريعة ورن مباجهة ورن حقيقة ورن تفجّه عبدين لك حقصوى اختیار ورن مباجهة ورن مجد ورن إياكا نعبد ورن أنمار التفجّه وإياكا نستعين ورن അൻമാറൻ മുമാജത്ത് അങ് ഇങ്ങോട്ടാണ് മുതാണ് തവജ്ജുഹാണ് അസ്തജുഹുലൊക്കെ മുമാജത്താണ് ഓ എന്താ എന്നെ വിളിച്ചത് അങ്ങനെ പഠിച്ചോലേ നല്ല എന്താ തവജുടോ ഓ അടിമാർ എന്താന്നെ വിളിച്ചത് അങ്ങനത്തെ മറുപടി അതാ മുബാജത്താ അപ്പൊ ഊഹിൻ എന്താണ്ടാ മുജത്ത് അൻവാറൽ മലക്കൂത്ത് മലക്കൂത്ത് മുബാജത്ത് അങ് ഇങ്ങോട്ടാണ് അപ്പൊ തവജു പറയാണ് മുമാജത്ത് പറയാം തപജു എന്താണ്ടാ മീൻക ഇരൈഹിയർ മുമാജത്തിലോ മീൻകു ഇരഹിയർ ല്ലോ തൻ അത് തന്നെ ഇങ്ങനെ തേടന്ന് മലക്കൂത്തിന്റെ ഉപാദ്ദേഹത്ത് വന്നപ്പോൾ ഇതുകൊണ്ട് മതിയാക്കാൻ പോരാ ജബോത്തിന്റെ അസറാൽ തേടി പോലും മലക്കൂത്തിന്റെ അനിവാര് ഇങ്ങോട്ട് വന്നല്ലോ ഇനി ഇവിടുന്ന് ഉണ്ടാക്കണം ജബറോത്തിന്റെ അനിമാർ തേടി പോകണം തൊട്ട് തലത്താൻ ചെയ്ത് തീർന്നു അരയാമനത്തെ പറഞ്ഞത് അൽബിൻ താല്പര്യം അക്കിലൊരു സൈറുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേലായിരിക്കും ഒന്നിക്കൽ മലക്കൂത്തൽ ജബർ അടുത്തേക്ക് സൈറടെ തോന്നു പക്ഷെ നല്ലവണ്ണം ഓർത്തിട്ടില്ല അതിൽ കുറച്ചും കൂടെ ഓർക്കാറുണ്ടല്ലേ അതാറോ ജബറൂത്താണ് മലക്കൂത്താണ് അൻവാറോ അസറാന്നിട്ടുണ്ട് അൻവാർ എന്ന് ഒന്നിക്കാൻ പറഞ്ഞില്ലേ ിൽ ബസീറത്തു ബസീറത്തിങ്ങനെ തുളച്ച് കയറുകയാണ് എവിടെ നിന്ന് മിരൽ ബുക്കോത്തി അൻവാറിൽ മലക്കൂത്ത് മലക്കൂത്തിന്റെ അൻവാറിനോടൊപ്പം നിന്നാ പോരാറാതത്തെ ഹിമത്തു സാലിക്കും ഇല്ലാൻ അതൊക്കെ വിളിച്ചൊറിയുന്നില്ലേ അല്ലാതെ ഈ തത്തുനുപുഹ മാറുന്ന നീ തേടി പോകുന്നതിന് മുമ്പിലുണ്ട് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അപ്പൊ അൻവാറിൽ മലക്കോത്തിനോടൊപ്പം നിന്ന് പോകരുത് എന്ന് പറഞ്ഞതാക്കാതെ തുളച്ചിട്ടേ കയറിയിട്ട് അതിന്റെ അപ്പുറത്തേക്ക് വഹാര മുന്തഹയ് സയ്യിർന മുന്തർതെ കതി സിർലികതി കൂവനെ പ്രയില്ല അല്ലാഹു തബന്നഹീറ റബ്ബിക്കൽ മുന്തഹ എന്ന് പറഞ്ഞിത്തെ وفي هذا المقام قال شيخ عبد الله السلمي رضي الله عنه പറയുന്നു ولو آيات عيناك يوم تقزلزت عرض النفوس وطبت الجبال ولو آيات عيناك 얘نده രണ്ട് കണ്ണും കണ്ടിരുന്നുവെങ്കിൽ എപ്പോഴും യോമ തലന്നു പോകുന്ന അറുന്നല്ലിങ്ങനെ കിടിലം കൊണ്ട് ആ നഫ്സലുള്ള വലിയ മലകളൊക്കെ പൊളിഞ്ഞ് പോയി തജില്ലി വന്നപ്പോ നഫ്സകളാകുന്ന ഭൂമി കിടിലം കൊണ്ട് അതിലുള്ള ജിബാലുകൾ എന്താക്കി എല്ലാം പൊളിത്തി കളിഞ്ഞ് പൊടിഞ്ഞു പോയി അവസരത്തിൽ നിന്റെ കണ്ണ് കണ്ടിരുന്നുവെങ്കിൽ എന്താന്ന് ലറായിട്ട അലോദ ജവാബ്ദരുണ്ടെ ലൈട്ടംസൽ നീ കാണുമായിരുന്നു അതിന് നൂറ് കാത്തിജ്വരിക്കുന്നു എപ്പോള് തദൽസിന്റെ പരിചയെന്ന് അമ്മഴക്കല്ല തെല്ലോ തക്കാൻ മൊസാദ് ആ ഇടയിൽ കൂടി മറ്റേ കണ്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും കൊസ് എന്നാൽ വെറുതെ വലിയ റിചാലുകൾക്ക് ഒരുക്കില്ല എന്ത് വന്നാലും വിചാരിചാലും ാക്കിട്ട് മുഷിണ്ടി മുഷ് നാത്താണ് അബ്ദുൽ നുഫൂസ് മുപ്പറൻ്റെ പറഞ്ഞു ദുഃഖത്തിൽ ജബലിനോട് ഉദ്ദേശിച്ചു എന്താന്ന് പറഞ്ഞോ അല്ലു ജലീന്നൊക്ക അപ്പൊ ഏതെല്ലാം പോയി ലഫ്സും പോയി അക്കലും പോയി നൽബ് വന്നത് ഏത് ബാക്കി ഉണ്ടാകും അൽബ് ബാക്കിയുണ്ട് അൽബും ബാക്കിയുണ്ട് നിന്റെ ലഫ്സിനെ തൊട്ട് നീ ഐ ബായി എന്നാണേത് അറുദൂസ് എന്ന് പറഞ്ഞ അർത്ഥം വലം തക്കീഫ് അനിയേത് വാക്കിന്റെ അക്കലല്ലേ വലം തക്കീഫും നീ അക്കിനോടൊപ്പം നിന്നതും ഇല്ലാന്നെ അനിയാക്കി എന്നു അപ്പൊ അവിടെ അവ രണ്ട് മക്കാമ്പ് വിട്ടപ്പോൾ മൂന്ന് മക്കാമ് കൽബ് റോഹ് സിർവ് അല്ലേ അതാ പറഞ്ഞില്ല റൈത്തൻമാറെ റബ്ബിക്ക അതിന്റെ റബ്ബിന്റെ അന്മാർ അവിടെ വെച്ചാൽ കാണലേന്ന് പറിച്ചത് വെറും മക്കൽ കൊണ്ട് കണ്ടൂരാ കൽബിന്റെ മക്കാമുഖ അങ്ങോട്ട് പിടിക്കുന്നു രണ്ടെണ്ണം പോണം രണ്ടെണ്ണം പോണം എന്നാല് മൂന്നാമത്തെ മക്കാമുള്ള റൈറ്റ് ശംസലില്ലാത്ത ഇഷ്ടൂർ ഭാഗം അവിടെ നിന്ന് ഇങ്ങോട്ട് കൽബിലും ഓഹയിലും സിറിലും ക്ലബിന്റെ അൻവാറുകൾ വേണം ചിലപ്പോൾ കൽബിന്റെ മക്കാമിൽ അക്രായിരിക്കും ചിലപ്പോൾ കാണണമെങ്കിൽ അൻവാറും മലക്കൂത്തായിരിക്കും രണ്ടാം അസ്താറും ചെറുക്കൂർത്തായിരിക്കും മൂന്നിലുണ്ടാകുക അതിന്റെ പക്ഷേ സാധനക്കാർക്ക് എന്നല്ലോ വിക്കലിൽ പറഞ്ഞിട്ടില്ല ഏഴ് മക്കാൻ ബാക്കി അതായത് ഈ സൂര്യത്തിന് മൂന്ന് മക്കം ആക്കിയുണ്ട് നബ്സും കൽബും റൂഹ എന്നിട്ട് മൂന്ന് മക്കിയുണ്ട് സുഹൃബിമാന്റെ ബോക്കി മൂന്നെണ്ണയുണ്ട് കുറച്ച് ശേഷക്കാർ ഉണ്ടാക്കി അഞ്ചെണ്ണുണ്ടാക്കി അപ്പൊണ്ടെങ്കിൽ ചിത്രം വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രീകരണം നഫ്സടിയിലും കൽബ് നടുവലും ഓഹമുണ്ടാക്കി മൂന്ന് മക്കും അഞ്ചെണ്ണാക്കിപ്പോ ചിലർ ഏനാക്കുമ്പോ വണ്ടി ഉണ്ടാക്കി ഹഫീ അഫ്ഫപ്പോയി അപ്പൊ നഫ്സിലെ കാണാൻ സിത്ത് എന്നല്ലണ്ടെ നൽബ് അക്കല് ഓഹ് സെർവ് ഹഫീ അഫ്ഫ ഏറെ നഫ്സ് എന്നുള്ള പറ്റ പോക്കാക്കിയിലെ ഉപകാരം തള്ളിക്കളഞ്ഞു പദവി കഴിക്കരുണ്ട് ആറെണ്ണുണ്ട് ഈ ആറെണ്ണം നമ്മുടെ ലത്തായിഫ് സിത്തി എന്ന് പറയും ഏഴിൽ ഒന്നിന് പറ്റ മണ്ണും തേനിയും അറിയും കത്തയിപ്പായ ഒരു തടക്കിയില്ല ഈ പറയപ്പെട്ട ആറെണ്ണത്തിനെ സഹായിക്കാനുള്ളൊരു പറവ് എന്ന് അതിനെപ്പറ്റി പറയാനൊന്നും അപ്പോൾ ഇതിന് പ്രത്യേകം പദവി കൊടുക്കൂല അപ്പൊ നഫ്സിലൊക്കെ വിട്ടിട്ട് ബാക്കി ആറെണ്ണത്തിന് ലത്തായിഫ് സിത്ത് എന്ന് പറയും ലത്തായിഫ് സിത്തിൽ ഉണ്ടാക്കി ഈ നഫ്സും കൽപത ഈ കൽബ്സഹ നെസ്റ്റ് വിളിച്ചങ്ങോട്ടുമ്പോ അത് വിളിച്ച് അങ്ങോട്ടും പോകും കളിങ്ങനെ കടന്നു കളിക്കുന്നു വാടകത്തിൽ നിൽക്കുന്നില്ല അപ്പൊ ഭർദ്ധ സഹായം വിട്ടപ്പോ രണ്ടെണ്ണം പോയി ബാക്കി എത്ര ഉണ്ട് അഞ്ചെണ്ണ ഉണ്ട് ഈ അഞ്ചെണ്ണത്തിന് ആ ജവാഹർ ഹംസ് എന്ന് പേര് ജവാഹർ ഉൽ ഹംസിന്റെ ദിക്കൃതിന് അഞ്ച് മുത്തുകൾ എന്ന് പറഞ്ഞാൽ അതോടെ താറക്കൂലിക്കർ ചിലപ്പോ ചേഫ് ഒറ്റ വിക്രൊറ്റിമത്താണ് സൗത്ത് നിന്നായിരിക്കും അപ്പൊ കസ്തീവാദത്തോണ്ടുള്ള മാറ്റമാണ് ഇപ്പൊ നമ്മള് തട്ടാൻ കഴിയുമ്പോൾ ഈ പൊന്ന് കൊടുത്തിട്ട് നിങ്ങൾ അതിനെ വളയാക്കണോന്ന് പറഞ്ഞു വേറെ ആള് മാലയാക്കി തരണമെന്ന് പറഞ്ഞു വേറെ ആൾ അരികത്താക്കണോന്ന് പറഞ്ഞു എല്ലാത്തിനും കുല്ല് എന്താ ഇണ്ട സാധനം അതിന്റെ അടിയിൽ മുട്ടാനുള്ള ഒരു സാധനം ഉണ്ടാകും പടി മുട്ടുന്ന ചുറ്റി ഉണ്ടാവും മുട്ടുന്ന കയ്യും ഉണ്ടാകും മുട്ടനീ മുട്ടന്നെ കേൾക്കാം